ക്ഷാത് പരം ബ്ര തസ്മൈ ഗുരവേ നമ സദാശമാരംഭം ശമ്യമാം അസ്മര്യ വേ ഗുരുപരംപരാ നമ്മൾ സാധനാ പഞ്ചകം അഥവാ ഉപദേശ പഞ്ചരത്നം സോപാന പഞ്ചകം എന്നൊക്കെ പേരുള്ള ലഘുവേദാന്ത കൃതിയാണ് ശ്രദ്ധിക്കുന്നത് അവിടെ മുമുക്ഷുവായ സാധകൻ അനുവർത്തിക്കേണ്ടുന്ന സാധനാക്രമങ്ങളെ ഒന്നൊന്നായി എണ്ണി പറയുകയാണ് ക്രമമായിട്ട് എന്ന് മാത്രമല്ല ഈ ഉപദേശം നിവൃത്തി മാർഗക്രമത്തിലുള്ള ഒരു ഉപദേശമാണ് അനുക്രമമായി നിത്യവും സ്വാധ്യായം ചെയ്യാൻ ഉപദേശിച്ചുകൊണ്ട് ആരംഭിച്ചു നിത്യവും വേദം പഠിക്കപ്പെടട്ടെ അതിൽ പറയപ്പെട്ട കർമ്മങ്ങളെ നല്ലപോലെ അനുഷ്ഠിച്ചാലും വേദാന്തം ഒന്നിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് ഉയർത്തുകയാണ് ചെയ്യുന്നത് കർമ്മങ്ങളെ നിഷേധിക്കുകയല്ല കർമ്മങ്ങളിലുള്ള നമ്മുടെ മനോഭാവത്തെ ഉയർത്തുക അതിവിടെ പറഞ്ഞു വ്യത്യസ്ത ദേവതകളെ ഹവിരർപ്പണം കൊണ്ട് സന്തോഷിപ്പിച്ച് അതിലൂടെ സ്വർഗം തുടങ്ങിയ ലോകങ്ങൾ നേടുക എന്നുള്ളതാവരുത് അതാണ് പുറംമീമാംസകൻ പറയുന്നത് ഓരോമാംസകൻ പറയുന്ന കർമ്മത്തെ വേദാന്തി നിഷേധിക്കുന്നില്ല മറിച്ച് ഭാവനയെ ഉയർത്തുന്നു അതാണ് പറഞ്ഞത് അപചിത്തി വേദോക്തങ്ങളായ കർമ്മങ്ങളെ സ്വയം ആചരിക്കുന്നതിലൂടെ നീ എന്താണ് ചെയ്യേണ്ടത് ഈശ്വരാരാധനയെ ചെയ്യും അങ്ങനെ ഈശ്വരാരാധന പൂർണ്ണമാവണമെങ്കിൽ കാമ്യബുദ്ധി ഇല്ലാതാവണം കാമ്യബുദ്ധി വൈദികങ്ങളായ കർമ്മങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് കർമാചരണം ചെയ്യുന്ന നീ ആ കർമ്മങ്ങളെ ഈശ്വരാരാധനയായി ഉയർത്തണമെങ്കിൽ നിശ്ചയമായും കാമ്യത്തിലുള്ള ബുദ്ധിയെ അതിക്രമിക്കണം അതുകൊണ്ട് കാമ്യത്തിൽ ബുദ്ധിയെ നീ അതിക്രമിച്ചാലും അങ്ങനെ ഈശ്വരാർപ്പണ ഭാവത്തിലുള്ള കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വര പൂജാപരമായ കർമാചരണം കൊണ്ട് പാപൗഖ പരിധൂയത പാപസമൂഹത്തെ കഴുകിക്കളഞ്ഞാലും നമ്മുടെ തന്നെ ആചരണങ്ങളിലൂടെ സഞ്ചയിക്കുന്നതാണ് പാപം അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ കഴുകിക്കളയാം അത് ശ്രദ്ധിച്ചാലും ഭവസുഖത്തിൽ നല്ലതുപോലെ ദോഷത്തെ അനുസന്ധാനം ചെയ്താലും ഇത്രയും കാലം വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ പിന്നാലെ നീയോടി ഭവസുഖം എന്നെ നീ നിന്നിലേക്ക് തിരിയൂ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിഷയുടെ സ്വരൂപത്തിലേക്കാവട്ടതിന്റെ ശ്രദ്ധ ആത്മേച്ഛാ വ്യവസീയതാം എന്റെ എന്നുള്ള ഭാവനയിൽ നിന്ന് നീ ഉയർന്നാലും എന്റെ വീട് ഈ വീട്ടിൽ നിന്ന് നീ പുറത്തേക്ക് പോയാലും നമ്മൾ ഓരോരുത്തരും ഓരോ ചെറിയ ചെറിയ ചെറിയ എൻഡകൾ അതിൽ കഴിയുക എത്രയോ ചെറിയ എൻഡേകളാണ് നമ്മൾ ഓരോരുത്തരുടെയും എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ചെറിയ ചെറിയ എൻഡേകളിൽ നിന്ന് നമ്മൾ വിളിക്ക് വന്നാലും എന്നിട്ടെന്ത് ചെയ്യണം സജ്ജനങ്ങളുമായി സംഘം ചെയ്യൂ അത് മുഖ്യമാണ് അങ്ങനെ സത്സംഗത്തിലൂടെ ഈ പ്രപഞ്ചക്രമത്തെ മുഴുവൻ തിരിച്ചറിഞ്ഞ് എല്ലാ വ്യവസ്ഥകൾക്കും പിന്നിലുള്ള നിയമത്തെ തിരിച്ചറിഞ്ഞ് ആ അധിനിയമത്തിൽ ഈശ്വരനിൽ പരമമായ ഭക്തിയെ നേടിയാലും പിന്നെ ക്ഷമം ദമം തുടങ്ങിയ സാധനകളെ നല്ലതുപോലെ ശീലിച്ചാലും അങ്ങനെ ശമധമങ്ങളെയൊക്കെ നല്ലതുപോലെ ശീലിച്ച് കർമ്മങ്ങളെ വിഹിതകർമ്മങ്ങളെ സന്യസിച്ചാലും നിഷിദ്ധകർമ്മത്തെ സന്യസിക്കാനല്ല പറയുന്നത് നിഷിദ്ധകർമ്മം കർമ്മമല്ല വികർമ്മമാണ് വിഹിത കർമ്മങ്ങളെ തന്നെ വിധിപ്രകാരം സന്യസിച്ചാൽ എന്നിട്ടോ എന്നിട്ടെന്ത് ചെയ്യണം സദ്വിദ്വാനെ പ്രാപിക്കുക ഗുരുനാഥനെ പ്രാപിക്കുക ദിവസവും അവിടുത്തെ പാദസേവ ചെയ്യുക അങ്ങനെ ഗുരുപാദസേവ കൊണ്ട് കൂടുതൽ കൂടുതൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയും വളർത്തി തത്വസാക്ഷാത്കാരമാകുന്ന ഏകലക്ഷ്യം ദൃഢമാക്കി അങ്ങനെ പരമമായ ബ്രഹ്മോപദേശത്തെ അഭ്യർത്ഥിച്ചാൽ എന്നിട്ടോ നല്ലതുപോലെ വേദാന്ത മഹാവാക്യത്തെ ഗുരുവിൽ നിന്ന് ശ്രവിച്ചാലും ശ്രവിച്ചതുകൊണ്ടൊരു കാര്യമായില്ല ശ്രവിച്ചതിനെ നല്ലതുപോലെ നീ വിചാരം ചെയ്യൂ അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ വിചാരത്തിന്റെ ദിശ തെറ്റിപ്പോവരുത് അബദ്ധ നിഗമനങ്ങളിൽ നമ്മൾ എത്തിച്ചേരും അതുകൊണ്ട് വേദാന്ത പക്ഷത്തെ സമാശ്രയിച്ചുകൊണ്ട് വേണം ം ചെയ്യാൻ അങ്ങനെ വിചാരസാധനയിൽ മുന്നോട്ടു പോകുമ്പോൾ വളരെ കരുതലോടുകൂടി ജീവിക്കണം ഒരിക്കലും ദുസ്തർക്കങ്ങളിലേക്ക് പോകരുത് പഠിച്ചു തുടങ്ങുന്ന സാധനാക്രമത്തിൽ മുന്നോട്ടു പോകുന്ന അവസ്ഥയിൽ വരാവുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് നമ്മൾ മറ്റുള്ളവരുമായി വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലൊക്കെ പോവുക എന്നുള്ളത് ുസ്തർക്കത്തിൽ നിന്ന് പിന്തിരിയോ എന്നാൽ പദാർത്ഥ നിർണയത്തിനു വേണ്ടി ശ്രുതിപക്ഷ തർക്കം ശ്രുതിമതർക്ക സ്വയം ഉള്ളുകൊണ്ട് ചെയ്താലും അവിടെ താൻ തന്നെ പുറപക്ഷി താൻ തന്നെ സിദ്ധാന്തി മട്ടിൽ സ്വയം ശ്രുതിമത തർക്ക അനുസന്ധീയതാം അങ്ങനെ നിർണയം ചെയ്ത് അഹം ബ്രഹ്മാസ്മി എന്ന് ഭാവന ചെയ്താലും ഒരിക്കലും ഗർവം വരരുതേ ദേഹം തന്നെ ഞാനെന്നുള്ള ബുദ്ധിയെ നീ വിചാരം കൊണ്ട് അതിക്രമിക്കൂ അങ്ങനെ സാധനാമാർഗത്തിൽ കൂടുതൽ സൂക്ഷ്മതലത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കുക വിദ്വജ്ജനങ്ങളുമായി ഒരിക്കലും വാദത്തിന് പോവരുത് ബുധജനൈഹി വാദ പരിത്യജ്യത അങ്ങനെ ശ്രവണം ചെയ്തു മനനം ചെയ്തു നല്ല സാധനാനിഷ്ഠയോടുകൂടി കഴിയുമ്പോൾ വിശപ്പ് ഒരു രോഗമാണെന്നറിഞ്ഞ് അതിനെ ചികിത്സിക്കണം അതിന് പ്രതിദിനം ഭിക്ഷയാകുന്ന ഔഷധം കഴിക്കണം അല്ലെങ്കിൽ വിശപ്പ് രോഗം തുടങ്ങിയവയെ ചികിത്സിക്കണം ഭിക്ഷന്നവും ഔഷധവും സേവിക്കണം ഒരിക്കലും സ്വാധ്വന്നം യാചിക്കാനിട വരരുതേ വിധിവശാതെന്ത് വന്നു ചേർന്നോ അതൊരു സന്തോഷത്തോടുകൂടി കഴിയൂ അഥവാ വിധിവശാ സ്വാധ്വന്നം കിട്ടിയാൽ ഇപ്പൊ എന്താ വിശേഷിച്ച് സന്തോഷിക്കാനുള്ള അതുകൊണ്ട് വിശേഷിച്ച് സന്തോഷിക്കാനൊന്നും പോണ്ട ശീതമുഷ്ണം സുഖം ദുഃഖം മാനം അപമാനം തുടങ്ങി ജീവിതത്തിൽ എപ്പോഴും ദ്വന്ദ്ങ്ങൾ ഉണ്ടാവും ഈ ദ്വന്വങ്ങളെ നല്ലതുപോലെ സഹിച്ചാലും വെറുതെ ഒരു വാക്കും പറയാൻ പോവരുത് വർത്തമാനം പറഞ്ഞ് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് സ്വയം ക്ഷയിക്കരുത് ഔദാസീന്യം ആശ്രയിക്കും ഒരു പക്ഷവും ഭജിക്കാൻ പോണ്ട ഏതെങ്കിലും പക്ഷത്തെക്കാർ പിടിക്കുകയാണെങ്കിൽ എപ്പോഴും രണ്ടു പക്ഷക്കാർ നമ്മുടെ അടുത്തേക്ക് വരും ഒരു പക്ഷവും പിടിക്കേണ്ട എല്ലാ പക്ഷങ്ങളിൽ നിന്നും ഉയർന്നു നീ കഴിഞ്ഞാലും ജനങ്ങളിലുള്ള കൃപാനൈശ്വര്യ ഭാവങ്ങളെ ഉപേക്ഷിച്ചാലും ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത് നോക്കൂ േദോ നിത്യമധീയതം തദുദിതം കർമ്മസ്വനുഷീയതയധീയമചിതിമ്യേ മതിസ്ത്യജ്യത പപൗഘ പരിധൂയതം സുഖേ ദോഷോനുസന്ധീയം ആത്മേച്ഛാ വ്യവസീയതം നിജഗൃഹത്തൂർണ വിനിർഗമ്യത സങ്കത് സത്സുവിധീയത ഭഗവതോ ഭക്തിർദൃാധീയത ശാന് പരിചീയത ദൃഢതരം കർമാശു സന്യജ്യത സദ്വിദ്പസർപ്പം പ്രതിദിനം തത്വാദുക്കെ സഹൈക്ഷരമ്യതം ശ്രുതിശിരോ വാക്യം സമാകർയത വാകച്ച വിചാര്യതം ശ്രുതിശിര പക്ഷ സമാശ്രീയ ദുസ്തർക്കു വിരമ്യതം ശ്രുതിമതർക്കുസന്ധീയ ബ്രഹ്മൈവാസ്മി വിഭാവ്യതഹരഹർ ഗവരിജ്യം ദേഹോഹം അതിരുജ്യതുധജനൈർർർവാദ പരിതജ്യത ക്ഷുദ്വ്യധിശ്ചികിത്സ്യതം പ്രതിദിന ഭിക്ഷൗഷധം ഭുജ്യതം സ്വാദ്വന്നു യാജ്യതം വിധിവന സന്തുഷ്യതം ശിതോഷ്യതം നോ वाक्यं വാക് സമുച്ചയത ഔദാസീന്യഭിതം ജനകൃപൈഷ്ടൂര്യമുസൃജ്യത േ സുഖമാസം പരതരെ ചേസീയ പൂർണാത്മാസു സമീക്ഷ്യത ജഗതിദ തദ്ധിതം ദൃശ്യത പ്രകർമ്മ പ്രവിപ്യതം ചിതി ബലാത്യാപ്യുത്തരൈശ്ലിഷ്യത പ്രാരബം ത്രിഹ ഭുജ്യതാ അധ പര ബ്രഹ്മാത്മന പരതരെ ചേത സമാധീയത പൂർണാത്മാ സു സമീക്ഷ്യത ജഗദിദം തദ്ധിതം ദൃശ്യ പ്യതാം ചിതിബലാത്മാപ്യുത്തരൈശ്ലിഷ്യത പ്രാരധം തിഹ ഭുജ്യതം അധ പര ബ്രഹ്മാത്മന വളരെ സൂക്ഷ്മതലത്തിലുള്ള ഉപദേശങ്ങളാണ് ഇവിടെ എത്തുമ്പോഴേക്കും അനുക്രമമായിട്ട് ഏകാന്തേ സുഖമാസ്യത ഏകാന്തത്തിൽ സുഖായിട്ട് ഇരുന്നാലും ഏകാന്തത്തെ ആശ്രയിച്ചാലും മഹാവാക്യാർത്ഥ വിചാരം മഹാവാക്യ ലക്ഷ്യാർത്ഥത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ജീവിതക്രമം അതൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളൊരു സാധകനോട് പറയുകയാണ് നീ ഏകാന്തത്തിൽ ഇരുന്നാലും സുഖമായിട്ട് ജനസമ്പാദത്തിൽ നിന്നൊക്കെ വിട്ടുമാറി തീർത്തും വിവിധ വിഷയങ്ങളുടെ യാതൊരു വിഭ്രാമകമായ സാഹചര്യങ്ങളുമില്ലാത്ത ഏകാന്ത ദേശങ്ങളെ സ്വയം സേവിച്ചാലും ഇത് മുഖ്യമാണ് ഒരു സിദ്ധനെ സംബന്ധിച്ച് ഏത് ബഹളത്തിലും അവൻ ഏകാന്തത്തിലായിരിക്കും ഏത് ബഹളത്തിന്റെ നടുക്കും ഒരു സിദ്ധൻ തന്റെ ഏകാന്ത സ്വരൂപത്തിൽ തന്നെയായിരിക്കും പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് സാധകന് പ്രയോജനമില്ല സിദ്ധന്റെ സഹജാവസ്ഥ സാധകന് അനുകരിക്കാൻ വയ്യ സാധകനെ സംബന്ധിച്ച് ഏകാന്ത സേവ തുടങ്ങിയവ മുഖ്യമാണ് സിദ്ധനിതൊന്നും ബാധിക്കുന്നില്ല അവിടെ ഒരു ബഹളവും ഇല്ല ഏത് ചുറ്റുപാടിലും എന്ത് ബാഹ്യമായി ചെയ്യുമ്പോഴും ആന്തരികമായി തന്റെ ശാന്തി സ്വരൂപത്തിലായിരിക്കും പക്ഷേ അത് പ്രസംഗിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും സാധകനില്ല സാധനാ ജീവിതത്തിൽ വിചാരഘട്ടത്തിൽ ഏകാന്തം ദേശം മുഖ്യമാണ് വളരെ പ്രധാനമാണ് ഇത് ശരിക്കും വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം സിദ്ധന്റെയും സാധകന്റെയും സിദ്ധന്റെയും സാധകന്റെയും അവസ്ഥകളെ നമ്മൾ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം ശ്രദ്ധിക്കുക അതുകൊണ്ട് സാധകനെ സംബന്ധിച്ച് വിചാരസാധനയിൽ മുന്നോട്ടു പോകുന്ന സാധകനെ സംബന്ധിച്ച് ഏകാന്ത ദേശം മുഖ്യമാണ് വളരെ പ്രധാനമാണ് ഏകാന്ത ദേശം എന്ന് പറയുമ്പോൾ കേവലം അവിടെ ദേശമേകാന്തായതുകൊണ്ട് കാര്യമില്ല ഏകാന്ത ദേശത്തിലാണ് പക്ഷേ ആ ഏകാന്തത തനിക്ക് അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ തനിക്ക് നിലനിർത്താൻ കഴിയില്ലെങ്കിൽ ഏറെ ഏകാന്ത ദേശത്തിലാണെങ്കിലും അത് സാധകന് പ്രയോജനം ചെയ്യില്ല അതുകൊണ്ട് ഈ ഏകാന്തത്തെ നേടണമെങ്കിൽ താൻ സുഖമായിട്ടിരിക്കുക തന്നെ വേണം ഏകാന്തത്തിൽ സുഖമായിരിക്കണം അല്ലെങ്കിൽ ഏകാന്തത്ത് ചെന്നാലും വേറെ വിചാരമേ ഉണ്ടാവുള്ളൂ എല്ലാ പൊല്ലാപ്പുകളും മാറ്റി ഈ വ്യവഹാരമൊന്നും എനിക്ക് വേണ്ട എന്ന് നിശ്ചയിച്ച് കാട്ടിൽ പോയി കാട്ടു ചെന്നപ്പോ ചിന്ത എന്താ ഇപ്പൊ എന്താവും വീട്ടിലെ സതി ഭാര്യ എന്താ ശേഷിച്ച ധനം കൂടി വൃത്യന്മാര് നശിപ്പിച്ചിട്ടുണ്ടാവുക ദേവി മഹാത്മ്യത്തിൽ സുരഥന്റെയും സമാധിയുടെയും ചരിത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് ശ്രദ്ധിക്കുക വലിയ രാജാവ് ചക്രവർത്തി എന്ന് പറയേണ്ട വലിയ രാജാവ് ശത്രു രാജാവിനാൽ ആക്രമിക്കപ്പെട്ടു പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കൊല്ലപ്പെടേണ്ടതാണ് പക്ഷേ കൊല്ലപ്പെട്ടില്ല ശത്രുരാജാവിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കാനിട വന്നു അതുതന്നെ ക്ഷത്രിയനൊരു കുറച്ചില്ല ഏതായാലും രാജാവായിരുന്ന ആള് തന്റെ രാജ്യത്തിൽ ഇന്നലെ വരെ എന്റെ രാജ്യം എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൽ ഇപ്പോൾ ശത്രുവിന്റെ രാജ്യത്തിൽ ഒരു ഗ്രാമാധികാരിയായി കൂടുകയാണ് എന്നാലോചിച്ച് നോക്കാം എത്രമാത്രം ഒരു വിഷമാതെന്ന് അങ്ങനെ ഗ്രാമാധികാരിയായി താമസിക്കുന്ന സമയത്താണ് ഇപ്പൊ പണ്ടുള്ളതുപോലെ ഭാര്യ രാജാവായിരുന്ന സമയത്തുള്ള പോലെയൊന്നും അല്ല ഇപ്പൊ പെരുമാറുന്നത് ശേഷിക്കുന്നവര് പണ്ടുള്ള പോലെയൊന്നും എല്ലാം കൊണ്ട് ഇയാൾക്ക് മടുത്തു ഇനി ഇതൊന്നും എന്ന് നിശ്ചയിച്ച് സുരഥൻ കാട് കയറി നായാട്ടിന് പോവുകയാണെന്ന വ്യാജേന കാട്ടിലേക്ക് പോയി കാട്ടു ചെന്നപ്പോഴാണ് ഒരു പ്രശ്നമില്ലപ്പോ നല്ല ഈശ്വര വിചാരം ചെയ്ത് കഴിയാനാ പോയത് ഏകാന്ത ദേശത്തിൽ അവിടെ ചെന്നപ്പോഴാണ് ഭാര്യയെക്കുറിച്ച് ചിന്ത വരുന്നത് ശേഷിച്ച ആനയെക്കുറിച്ച് ചിന്ത വരുന്നത് ധനസഞ്ചയത്തെക്കുറിച്ച് ചിന്ത വരുന്നത് ഭൃത്യന്മാരെക്കുറിച്ച് ചിന്ത വരുന്നത് ആകെ വിഷമിച്ചു എന്താ അത് അപ്പോഴാ അവിടെ ഒരാളെ ഈ കാണുന്നത് വഴിയോരത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത് നീ ആരാ ഞാൻ ഒരു വൈശ്യനാ ഇവിടെയോ വൈശ്യനോ കാട്ടിലോ ഇല്ല വലിയ സമ്പന്നനായിരുന്നു ഇപ്പൊ സമ്പത്തൊക്കെ കുറഞ്ഞപ്പോ ഭാര്യയും കുട്ടികളും കൂടി ചാവുട്ടി പുറത്താക്കി ഇറങ്ങേണ്ട ഗതികളും കൂടി വന്നില്ല സുരഥൻ വീട് വിട്ടതാ സമാധിക്ക് വീട് വിടേണ്ടി വന്നില്ല ഭാര്യയും കുട്ടികളും ചാവുട്ടി പുറത്താക്കിയതാ നല്ല സുഖായി അപ്പോ രാജാവ് ചോദിച്ചാൽ അങ്ങനെയൊക്കെ നിനക്ക് നല്ലതല്ലേ നിനക്കിപ്പോ അവരെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ നിന അവർ പുറത്താക്കിയിരിക്കുകയല്ലേ അതല്ലേ പ്രശ്നം എന്റെ മനസ്സിപ്പോഴും അവരിലാണ് അതെന്താ അത് നമ്മൾ വീട് വിട്ടു വന്ന കൂട്ട് നമ്മൾ രണ്ടാളെയും സ്ഥിതി ഒന്നാണല്ലോ ഇതെന്തുകൊണ്ട് ഇങ്ങനെയാവുന്നേ നമുക്ക് വിവരമുള്ള ആരുടെങ്കിലും ചോദിക്കാം എന്ന് മനസ്സിലാക്കി അവരവിടെ അന്വേഷിച്ച് നടന്ന വിദ്വത്വരിഷ്ഠനായ സ്വമേധാ ഋഷിയെ കണ്ടെത്തി സ്വമേധാ ഋഷിയോട് തങ്ങളുടെ ഈ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോ മഹർഷി പറഞ്ഞതൊക്കെ മഹാമായയുടെ കളിയാണ് ഇതെല്ലാം മഹാമായയുടെ കളിയാണ് എന്ന് പറഞ്ഞിട്ട് മഹാമായയുടെ ചരിത്രങ്ങൾ വിസ്തരിച്ചു കൊടുക്കുക അതാണ് മൂന്ന് ചരിത്രങ്ങൾ മധു കൈടപന്മാരുടെ മഹിഷാസുരന്റെ ശുംഭനിശുഭന്മാരുടെ ഈ മൂന്ന് തരത്തിൽപ്പെട്ട അസുരന്മാരുടെയും നിഗ്രഹ ചരിത്രം വിസ്തൃതമായി പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം സ്വയം നിശ്ചയിച്ച് ഏകാന്തത്തിൽ വന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല സുരഥന് ഗതികേടുകൊണ്ട് ഏകാന്തത്തിൽ വന്നിട്ടും പ്രയോജനമുണ്ടായില്ല സമാധിക്ക് അപ്പൊ ഏകാന്തത്തിൽ ഇരുന്നു എന്നുള്ളൊണ്ട് പ്രയോജനമില്ല മനസ്സ് ഏകാന്തത്തെ അനുഭവിക്കാൻ ഉചിതമാകണം അത് മുഖ്യമാണ് അതുകൊണ്ട് ഏകാന്തത്തിൽ സുഖമായി ഇരിക്കാൻ നീ ശീലിക്കൂ ഇത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ജനക്കൂട്ടത്തിലും ഏകാന്തം തന്നെയാണ് ഏത് ബഹളത്തിന്റെ നടുക്കും ഏകാന്തം തന്നെയാണ് അതെ ഒരുവിധം ഭാവങ്ങൾ എടുത്ത് കാണിക്കുന്നതാണ് ഒരുവിധമൊക്കെ വരും രണ്ടറ്റത്തുള്ളവരെയും മുഖം കണ്ടാൽ മനസ്സിലാവൊന്നുമില്ല കേട്ടോ ഏറ്റവും വലിയ മഹാപുരുഷന്മാരുടേതും ഏറ്റവും പെരും കള്ളന്മാരുടേതും മുഖം കണ്ട എളുപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതല്ലാതെ ഒരു സാമാന്യ സമൂഹത്തിലൊക്കെ തന്നെ മുഖം നോക്കിയാൽ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാവും അതെ അത് സംശയമില്ല ദന്തിനാപ്പോ ഒരു ബന്ധമില്ലാത്ത വിഷയം പറഞ്ഞ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞതൊട്ടൊരു ബന്ധമില്ലല്ലോ ഈ പറഞ്ഞതിന് എന്നാണെങ്കിൽ ബന്ധിപ്പിക്കാം ഒരു മഹാത്മാവിനെ കണ്ടത് ഓർമ്മിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട് ഈ സംഭവം ദില്ലി റെയിൽവേ സ്റ്റേഷന്റെ മധ്യത്തിൽ ഏഴാമത്തെ ഒട്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ബഹളം എത്ര പ്ലാറ്റ്ഫോമാണ് വണ്ടി വരുന്നു പോകുന്നു യാത്രക്കാരിറങ്ങുന്നു ബഹളം കടലക്കാർ കച്ചവടക്കാര് ചായക്കാര് എന്നതെന്നില്ല ഈ ബഹളത്തിന്റെ മധ്യത്തിൽ പ്ലാറ്റ്ഫോമില് ഒരു സിമെന്റ് ബഞ്ചില് ഒരു മഹാപുരുഷൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മുഖം കണ്ടാൽ ഏതോ ഏകാന്ത ദേശത്ത് ഗിരിഗുഹയിൽ തപോനിഷ്ഠനായിരിക്കുന്ന ഭാവത്തിലാണ് അതെ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അത്ഭുതകരമായ ഒരു കാഴ്ചയായി നോക്കി അറിയാതെ പോയി നമസ്കരിച്ചു അറിഞ്ഞു നമസ്കരിച്ചതല്ല അപ്പൊ അദ്ദേഹം ഒറ്റവാക്യം മാത്രം പറഞ്ഞു കർമ്മണ്യ അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃത്സ് കർമ്മകൃതെന്ന് ഒന്നും ചോദിച്ചിരുന്നില്ല ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചില്ലെങ്കിലും മഹാത്മാക്കൾക്ക് മനസ്സിലാവും അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് കർമ്മത്തെ കർമ്മത്തിലാരകർമ്മത്തെ കാണുന്നുവോ അകർമ്മത്തിലാർ കർമ്മത്തെ കാണുന്നുവോ അവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ബുദ്ധിമാൻ അവൻ യുക്തനാണ് സമാഹിതനാണ് അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ് അവന് കർത്തവ്യമൊന്നും ബാക്കിയില്ല വേറൊന്നും പറഞ്ഞില്ല അത്രയേ ഉള്ളൂ പിന്നെ മണ്ടിയില്ല പിന്നെ വണ്ടേണ്ട ആവശ്യമില്ല ഇതൊരു സംഭവം അപ്പോ ഈ ഏകാന്തം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് വിചാരം ചെയ്യാനാണ് പറഞ്ഞത് ഏകാന്തേ സുഖമാസിയതാം എന്നിട്ടോ ഏകാന്തത്ത് പോയിട്ട് എന്താ ചെയ്യേണ്ടത് പരതരെ ചേത പരതരെ പരം പരതരം പരമമായതിൽ പരമമായതിൽ വെച്ച് പരമമായത് പത്പരം പുരുഷയം പുരുഷമീക്ഷത പരമായതിനും ഉപരിയുള്ള പുരുഷന് പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നു എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് ഓർമ്മിക്കുക ആ പരമാത്മതത്വത്തിൽ പരതരെ ചേത സമാധീയതാം നിന്റെ ചേതസ്സിനെ ബുദ്ധിയെ സമാധാനിപ്പിക്കൂ സമാധിയെ പ്രാപിപ്പിക്കോ ഉറപ്പിക്കൂ അതിനാണ് ഏകാന്തത്തിൽ വസിക്കുന്നത് അല്ല ഏകാന്തത്തിൽ ഇരുന്നിട്ട് വേറെ നാട്ടുകാര്യങ്ങൾ ആലോചിക്കാനല്ല ഏകാന്തത്തിൽ നീ ഇരുന്നു ഇനി വേണ്ടത് പരതരെ ചേതസമാധീയത പരതരമായതിൽ ചിത്തത്തെ സമാധാനിപ്പിക്കൂ ഉറപ്പിക്കൂ ഇതര വിപരീത വൃത്തികൾ ഉദിക്കാതെ ആ ഇതര വിപരീത വൃത്തികൾ ഉദിക്കാതെ എന്ന് പറഞ്ഞാൽ അതിൽ അടിച്ചമർത്തലാവരുത് മറിച്ച് നിരന്തരമായ മനനം കൊണ്ട് ധാരയായിട്ടുള്ള വിചാരം കൊണ്ട് അവിടെ മറ്റെല്ലാം അപ്രസക്തമായി തീരുകയാണ് ഇതിനാണ് വാസ്തവത്തിൽ ഗുരു ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്തത് ശ്രവിച്ചതിന് മനനം ചെയ്തത് ഈ ഏകധാര ഭാവം ലഭിക്കാനാണ് പരതരെ പരതരമായതിൽ ചിത്തത്തെ സമാധാനിപ്പിക്കോ ഉറപ്പിക്കൂ അതിനാ ഈ പറഞ്ഞ സാധകനെ സംബന്ധിച്ച് ക്രമികമായിട്ടാണ് അവൻ ഉയർന്നു വന്നത് അതുകൊണ്ടിവിടെ ഏറെ ആവശ്യമില്ല അല്ലാതെ പരതരമായതിൽ നേരെ അങ്ങോട്ട് ചിത്തത്തെ ഉറപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല ഈ ഉപദേശിക്കപ്പെട്ട രീതിയിൽ ക്രമികമായി സാധനാമാർഗത്തിലൂടെ വന്ന ഒരാളോടാണ് പറയുന്നത് അത് ഓർമ്മിക്കണം പരതരെ പരതരമായതിൽ ചേത ചേതസ്സിനെ സമാധീയത Samashti പരം എന്താ പരമായത് സമഷ്ടിയാണ് ഈശ്വരനാണ് അതിനും ഉപരിയുള്ളത് സമഷ്ടിയായിരിക്കുന്ന ഈശ്വരനും ഉപരിയുള്ളത് ജീവൻ ഈശ്വരൻ തുടങ്ങിയ സകല ഭേദഭാവങ്ങൾക്കും അപ്പുറത്ത് പരമമായ സത്യസ്വരൂപം ഈ സത്യസ്വരൂപത്തിൽ അന്ധകരണത്തെ ഉറപ്പിച്ചാലും അഹം ബ്രഹ്മാസ്മി എന്ന് നേരത്തെ പറഞ്ഞു ആ പരമമായ ബ്രഹ്മതത്വത്തിൽ അന്ധക്കരണത്ത നീ ഉറപ്പിക്കൂ അപ്പോഴോ അപ്പോഴാണ് അവൻ ഇവനെന്നുള്ള ഭേദമെല്ലാം പൊഴിയുന്നത് കാരണം പരം എന്ന ചിന്തയുള്ളപ്പോ ആ സമഷ്ടി ഉള്ളപ്പോൾ വേഷിയുണ്ട് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ജീവനും ഉണ്ട് ജീവനുള്ളപ്പോൾ ഈശ്വരനുമുണ്ട് ജീവനെ അംഗീകരിക്കുന്ന കാലത്തോളം ഈശ്വരനെ നിഷേധിക്കാൻ പറ്റില്ല എന്നാൽ ജീവൻ ഈശ്വരൻ ഇതെല്ലാം തന്നെ ഏകമായ സത്യമാണ് വിദ്യോപാധികൻ ഈശ്വരൻ അവിദ്യോപാധികൻ ജീവൻ അതെയുള്ള വ്യത്യാസം ഒന്ന് വ്യഷ്ടിയഭിമാനി മറ്റൊന്ന് സമഷ്ടി അഭിമാനി അത്രയുള്ള വ്യത്യാസം അതുകൊണ്ട് പരമായ ഈശ്വരനുമുപരി പരതരെ ജീവേശ്വര ജഗദ്ഭാവങ്ങളെല്ലാം നീങ്ങിയ പരതരമായ തത്വത്തിൽ അതാണ് ഉപനിഷത്ത് പറയുന്നത് പരാത് പരം പരനിൽ നിന്നും പരമായ അതാണ് പരതരം ആ ജീവേശ്വര ഭേദങ്ങൾക്കെല്ലാം ഉപരിയുള്ള പരമസത്യത്തിൽ നിന്റെ ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തിയാലും നല്ലപോലെ ഏകധാരയായിട്ട് അപ്പൊ ചോദ്യം ജീവൻ ഈശ്വരൻ തുടങ്ങിയ ഭേദങ്ങൾ അവിടെ അസ്തമിച്ചില്ലോ അതെ അവിടെ ഭേദങ്ങളെല്ലാം പോയി സകല ഭേദങ്ങൾക്കും ഉപരി അഭേദമാണ് അഭേദം പൂർണ്ണമാണ് എപ്പോൾ ജീവൻ ഈശ്വരൻ എന്ന ഭേദകൽപ്പനകളുണ്ടോ അത്രയും കാലം പൂർണ്ണമല്ല അപൂർണ്ണമാണ് ഇവിടെ പരതരമായതിൽ ബുദ്ധി ഉറച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ് അതാണ് പറയുന്നത് പൂർണ്ണാത്മാസു സമീക്ഷ്യതാം തന്റെ പൂർണ്ണാത്മഭാവം യൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതാണ് സർവഭൂതങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്ന സ്ഥിതി തദ് ഈ പൂർണ്ണാത്മസ്വരൂപമാണ് പൂർണ്ണോഹം ഞാൻ പൂർണ്ണനാകുന്നു ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ ഒരു പരിമിതിയും എന്നിലില്ല ഇത്രയും കാലം അവിദ്യാദൃഷ്ടി കൊണ്ട് ഞാൻ എന്നിൽ പല പരിമിതികളെയും കണ്ടു അതത് പരിമിതികളിൽ അഭിമാനിച്ചു അതുകൊണ്ട് സുഖിച്ചു കൊട്ട് ദുഃഖിച്ചുട്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മാനാപമാനങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഞാൻ എന്റെ അപരിമിത സ്വരൂപത്തെ ഇത് അറിയുന്നു പൂർണ്ണാത്മാ സുസമീക്ഷതം ഇത് കഴിഞ്ഞ വാക്യത്തിന് നേരെ തുടർച്ചയാണ് കാരണം ജീവൻ ഈശ്വരൻ എന്ന ഭേദം കൽപ്പിക്കുന്ന കാലത്തോളം പൂർണ്ണമല്ല ഭഗവാനെ നീ പൂർണ്ണനാണേ നീ അപൂർണനായതിനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ പൂർണ്ണനല്ല എന്തുകൊണ്ട് പൂർണനിൽ നിന്ന് ഭിന്നമായിട്ടൊരു അപൂർണനായ ഞാനുണ്ടെങ്കിൽ അവനെങ്ങനെ പൂർണ്ണനാവും പൂർണ്ണനായ അവനിൽ നിന്ന് ഭിന്നനായ ഒരു അപൂർണനായ ഞാനുണ്ടെങ്കിൽ അവനെങ്ങനെ പൂർണ്ണനാവും ഒരിക്കലും പൂർണ്ണനാവില്ല അപ്പൊ അവന്റെ പൂർണ്ണത്വം സമം ആകെ മൈനസ് ഞാൻ എന്ന് പറയേണ്ടി വരും അത് പൂർണ്ണത്വ നിഷേധമാണ് അതുകൊണ്ട് എപ്പോൾ ജീവേശ്വര ജഗത് ഭേദം വയ്ക്കുന്നുണ്ടോ അത്രയും കാലം പൂർണ്ണതയില്ല എന്നാൽ പരതരയെ ചെയ്ത സമാധീയതാം എന്ന് വന്നപ്പോ പൂർണ്ണനായി ശ്രദ്ധിക്കുക അവിടെ ഭിന്നഭാവമില്ല വേദാന്തത്തിന്റെ സുസൂക്ഷ്മമായ തലങ്ങളാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കണം അത് ശ്രദ്ധിക്കുക ഒട്ടുസ്ഥൂല തലമല്ല വേണ്ട പോലെ ദഹിക്കണം ഇല്ലെങ്കിൽ തീരെ ശ്രവിക്കരുത് എന്തായാലും കുഴപ്പമില്ല അതെ ഇല്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് പൂർണ്ണാത്മ നല്ലപോലെ ദർശിക്കപ്പെടട്ടെ പൂർണ്ണ സ്വരൂപം ആത്മാസ്വരൂപം പൂർണ്ണ സ്വരൂപം ദർശിക്കപ്പെടട്ടെ അവിടെ ജീവൻ ഈശ്വരൻ എന്ന ഭേദമില്ല ശ്രദ്ധിക്കുക സർവം ഖലുവിധം ബ്രഹ്മ സർവം ഹേതദ് ബ്രഹ്മ എന്നുള്ള പരമമായ ആത്മബോധമാണ് പൂർണ്ണബോധമാണ് ശരി അപ്പോൾ വിചാരസാധനയുടെ അതിസൂക്ഷ്മ തലത്തിൽ കഴിയുന്ന സാധനാഘട്ടത്തിലും അതിസൂക്ഷ്മ സാധനാഘട്ടമാണെങ്കിലും ചിലപ്പോൾ ജഗത്ഭാനം ഉണ്ടായിക്കൂടുന്നില്ല വിചാരസാധനയിൽ മുന്നോട്ടു പോകുന്ന സാധകന് പരമമായ വിജ്ഞാനദശയിലേക്ക് ഉയരുന്ന ആ ഒരു തലത്തിൽ പലപ്പോഴും ബാധകൾ ഉണ്ടാവാം പലപ്പോഴും ജഗത്തിൽ സത്യത്വ ഭ്രമം വരാം അങ്ങനെയുള്ള ഘട്ടങ്ങൾ ദീർഘിക്കുകയും ചെയ്യാം ഓരോരുത്തരുടെയും പ്രാരംഭമനുസരിച്ചിരിക്കും അങ്ങനെ ഉയർന്ന വിചാരതലത്തിൽ ഇതെല്ലാം ഗുരുവിൽ നിന്ന് ശ്രമിച്ച് വിചാരം ചെയ്ത് ഈ ജീവിതനിഷ്ഠ പുലർത്തി ഫലം സത്യത്തെ ദർശിക്കാനുള്ളൊരവസ്ഥാവിശേഷം എത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അനുഭവിക്കപ്പെടുന്നല്ലോ എന്ത് ചെയ്യും ഗുരോ ജഗതിദം തദ്ാധിതം ദൃശ്യതാം ഇതം ജഗത് തേനൈവ ബാധിതം ഇതി ദൃശ്യതാം ഈ ജഗത്ത് നീ കാണുന്നുവോ അവിടെ ആ പരമാത്മാഭാവം തന്നെ ഇതിൽ കാണൂ പരമാത്മ ഭിന്നമായിട്ടൊന്നുമില്ല കാണപ്പെടുന്ന ജഗത്ത് സാധകന്റെ ഈ സൂക്ഷ്മ തലത്തിലാണിത് ശ്രദ്ധിക്കുക ഈ അതിസൂക്ഷ്മ തലത്തിലെത്തിയ സാധകനും ജഗത്തിൽ സത്യത്വ ഭാവം വരുമ്പോൾ അത് നിഷേധിക്കുകയല്ല വേണ്ടത് ഏയ് ജഗത്ഭാവമൊന്നുമില്ല എന്ന് പറയുക അല്ല വേണ്ടത് അങ്ങനെ കാണപ്പെടുന്ന ജഗത്ത് വാസ്തവത്തിൽ തേനൈവ ബാധിതം ആ പരമാത്മാവ് തന്നെയാകുന്നു അവനാൽ തന്നെ ബാധിക്കപ്പെട്ടതാണിത് ഉള്ളതെല്ലാം ഒരു ഉണ്മ തന്നെ ഒരു ഉണ്മയുടെ പ്രകാശനമാണെല്ലാം തദ്ഭിന്നമായിട്ടൊന്നുമില്ല ഇത് ഭാവന ചെയ്യൂ അത് അവിരുദ്ധ ഗ്രഹണമാണ് അവിരുദ്ധ ജ്ഞാനമാണ് നേരെ മറിച്ച് അയ്യോ ഇതൊരു സാധനയ്ക്ക് വിരുദ്ധമായി പോയല്ലോ എന്നൊരു സംസ്കാരം നമ്മൾ ഒരിക്കലും വളർത്തരുത് എന്റെ വിചാരസാധനയിൽ നിന്ന് ഭിന്നമായൊരു സംസ്കാരം വന്നു പോയല്ലോ എന്ന് നമ്മൾ മറ്റൊരു സംസ്കാരത്തെ വളർത്തരുത് മറിച്ച് ജഗത്തിൽ സത്യത്വ ബുദ്ധിയുണ്ട് സന്തോഷമാവട്ടെ തദ്ല്ലോ അത് തന്നെയാണല്ലോ പലപ്പോഴും സൂക്ഷ്മമായിരിക്കുന്ന സാധന വിഷയങ്ങളെ വാക്കുകൊണ്ട് പറയുമ്പോൾ പല പരിമിതികളും ഉണ്ടാവും അപ്പൊ വിജ്ഞാനിയെ സംബന്ധിച്ച് സദ്ഭാവത്തെ അല്ലെങ്കിൽ സദ്ബുദ്ധിയിൽ കഴിയുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് ചിലപ്പോ നമ്മള് ആചാര്യന്മാരും ശാസ്ത്രവും പറയും ചിലപ്പോ പ്രപഞ്ച വിസ്മൃതി ഉണ്ടാവണം അല്ലെങ്കിൽ പ്രപഞ്ച വിസ്മൃതി പര്യന്തം സാധന ചെയ്യണം എന്നുള്ളത് പ്രപഞ്ച വിസ്മൃതി എന്ന് പറയേണ്ട വിസ്മൃതി എന്നത് അർത്ഥെടുക്കരുത് പ്രപഞ്ചം സത്യമാണ് അല്ലെങ്കിൽ സദ്ഭിന്നമായിട്ട് പ്രപഞ്ചമുണ്ടെന്നുള്ള സ്മൃതി ഇല്ലാണ്ടാവുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് വിസ്മൃതമായി പോയതുകൊണ്ടൊരു കാര്യമില്ല അപ്പൊ പ്രപഞ്ച വിസ്മൃതി പര്യന്തം എന്നെ ആചാര്യം പറഞ്ഞാലോ ആചാര്യം പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ അതിനെടുക്കണം അല്ലാതെ വിസ്മരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല വിസ്മരിച്ചതുകൊണ്ടില്ലാണ്ടാവുമോ വിസ്മരിച്ചതുകൊണ്ട് വസ്തു ഇല്ലാണ്ടാവുന്നില്ല ആത്മഭിന്നമായിട്ടൊരു പ്രപഞ്ചമില്ല എന്നറിയുക അതുകൊണ്ടാണ് ജഗൻമിഥ്യ എന്ന് പറഞ്ഞത് സദ്ഭിന്നമായിട്ട് അസ്തിത്വമില്ലാത്തതുകൊണ്ട് അല്ലാതെ ഇല്ല എന്നല്ല പറയണത് ജഗത് അസത്ത് എന്നല്ല പറയണത് ജഗൻ മിഥ്യ എന്നാണ് ഉണ്ടെന്ന് കാണപ്പെടുന്നു ഉണ്ടെന്നറിയപ്പെടുന്നു പ്രമാണ നിരൂപണം ചെയ്യുമ്പോ സദ്ഭിന്നമായിട്ടില്ലെന്നറിയുന്നു എന്തോ അത് മിഥ്യ അതാണ് മിഥ്യാ ശബ്ദത്തിന്റെ ലക്ഷണം അസത്വ സതി ഭാസമാനത്വ മിഥ്യാത്വം ഇല്ലാതിരിക്കെ തന്നെ ഉണ്ടെന്ന് കാണപ്പെടുന്നതാണ് മിഥ്യാത്വ ലക്ഷണം ജഗത്തിനെ മിഥ്യ എന്നാണ് പറയുന്നത് അസത്വമെന്നല്ല അപ്പൊ സദ്ഭിന്നമായിട്ടില്ല അപ്പൊ ഉണ്ടെന്ന് കാണപ്പെടുന്നത് എന്താ സത്വ തന്നെ സദ്ഭിന്നമായിട്ടൊന്നില്ല ഇങ്ങനെ ആലോചിക്കൂ അപ്പൊ ഒന്നും വിരുദ്ധാവുന്നില്ല ഒന്നും വിരുദ്ധാവുന്നില്ല അങ്ങനെ കഴിഞ്ഞോളാം അങ്ങനെ സദ്ഭോ സദ്ഭാവത്തിൽ അല്ലെങ്കിൽ സദ്ഭാവനയിൽ അചഞ്ചലമായി കഴിയുമ്പോ എന്താ ചെയ്യുന്ന പ്രാരബ്ധ അനുഭവിച്ചങ്ങനെ തീരുകയാണ് ഏതൊരു വിജ്ഞാനിക്കായാലും ഏതൊരു സാധകനിലായാലും പ്രാരംഭാനുസൃതം ശരീരമിരിക്കുന്നു പ്രാരബധാനുസാരം ശരീരം ഇരിക്കുന്നു അപ്പോടെ ചോദ്യം വരുന്നുണ്ട് ജ്ഞാനിക്കും പ്രാരബ്ധാനുസാരമാണ് ശരീരം അജ്ഞാനിക്കും പ്രാരബ്ദാനുസാരമല്ലേ ശരീരം അതെ പിന്നെന്താ വ്യത്യാസം പ്രാരബ്ദാനുസാരം ശരീരം സുഖദുഃഖാദി അനുഭവങ്ങൾക്ക് യോഗ്യമാണെങ്കിൽ ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെയാണെങ്കിൽ പിന്നെന്താ വ്യത്യാസം മറുപടി അയ്യോ അഹോ തുടങ്ങിയ ഭാവങ്ങളിൽ താതാത്മ്യപ്പെട്ടു പോകുന്നുണ്ട് അജ്ഞാനി എന്നാൽ പ്രാരബ്ധാനുസൃതമായ അനുഭവങ്ങൾ നേടുമ്പോഴും ജ്ഞാനിക്ക് ലവലേശം വേദിശലനമില്ല അറിഞ്ഞിരിക്കുകയാണ് ഇതാണ് വ്യത്യാസം അല്ലാതെ അനുഭവങ്ങളിലല്ല വ്യത്യാസം അനുഭവത്തെ സ്വീകരിക്കുന്നതിലാണ് വ്യത്യാസം അതുകൊണ്ട് ഈ ഒരു ദശയിൽ ഈ സൂക്ഷ്മമായ പൂർണ്ണാത്മബോധത്തിൽ കഴിഞ്ഞുകൊണ്ട് പ്രാകർമ്മത്തെ പ്രാരബ്ധകർമ്മത്തെ വിലയിപ്പിച്ചാലും പ്രാരബ്ധകർമ്മ അനുഭവം കൊണ്ട് മാത്രമേ വിലയിക്കൂ പ്രകർമ്മ പ്രവിലാപ്യതം പ്രാകർമ്മത്തെ വിലയിപ്പിച്ചാലും പ്രാക് മുമ്പുള്ള പ്രാകർമ്മം മുമ്പേ ആരംഭിച്ച കർമ്മം മുമ്പേ ആരംഭിച്ച കർമ്മം പ്രാരംഭകർമ്മം വിലയിപ്പിക്കുക ശാന്തമായ അനുഭവത്തിലൂടെ വിലയിപ്പിക്കുക എന്നാൽ അവിടെ ശ്രദ്ധിക്കണം ചിതിബലാദിനാപ്യുത്തരൈശ്ലിഷ്യതാം ചിതിബലാദ് ബുദ്ധിബലം കൊണ്ട് ജ്ഞാനബലം കൊണ്ട് ആത്മനിഷ്ഠ കൊണ്ട് ശാസ്ത്രാചാര്യ ഉപദേശത്തിൽ നിന്ന് ലഭിച്ച ബോധബലം കൊണ്ട് നാപ്യുത്തരൈഹി ശ്ലിഷ്യതാം ഉത്തരൈഹി കർമ്മഭിഹി നശ്ലേഷ്യതാം പുതിയ പുതിയ കർമ്മങ്ങളെ ആശ്വേഷിക്കാതിരിക്കൂ സ്വയം കെട്ടി വലിഞ്ഞുവെക്കുന്ന വിവിധ കർമ്മങ്ങളെ വലിച്ചു വയ്ക്കാതിരിക്കൂ വിചാരസാധനയിൽ അതിസൂക്ഷ്മതലത്തിൽ കഴിഞ്ഞ് പ്രാകർമ്മത്തെ മുഴുവൻ വിലയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അതുകൊണ്ട് എന്ത് വേണം പുതിയ ഓരോന്നിനെ കെട്ടിവലിച്ച് വർദ്ധിപ്പിക്കാതിരിക്കൂ ചിതിബലാത് കർമ്മങ്ങൾ കുത്തൊഴുക്കിൽ വരും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അവിടെയാണ് ചിരിബലം ജ്ഞാനബലം കൊണ്ട് തടയേണ്ടത് ഉപേക്ഷാഭാവം ഔദാസീന്യഭാവം അല്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കും ആ പുതിയ പുതിയ പുതിയ ഓരോ കെട്ടുപാടുകൾ വന്നുകൊണ്ടേയിരിക്കും ഓരോ കർമ്മ ആചരണത്തിൽ ഉത്തരവാദിത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് സംഭവിക്കരുതേ എന്ന് പറയുക ചിതിബല ജ്ഞാനബലം കൊണ്ട് ജ്ഞാനബലം കൊണ്ട് പുതിയ പുതിയ കർമ്മങ്ങളെ വലിച്ചു വയ്ക്കാതിരിക്കും അത് ശ്രദ്ധിക്കണം സർവതന്ത്ര സ്വതന്ത്രനായ വിജ്ഞാനിയുടെ കേവല ലോകകൃപയാലുള്ള കർമ്മങ്ങളെ നമ്മൾ ഈ അൽപവാക്യങ്ങളെ പഠിച്ചുകൊണ്ട് തൂക്കാനും വിലയിരുത്താനും അളക്കാനും പോവരുത് സാധകനോടുള്ള ഉപദേശമാണിത് വളരെ ശ്രദ്ധിക്കണം ആശയം വ്യക്തമാണല്ലോ പറഞ്ഞത് ഒരു പരിനിഷ്ഠിതമായ വിജ്ഞാനത്തിൽ ഉറച്ച ഒരു മഹാപുരുഷൻ അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധവശാൽ എന്ന് തന്നെ പറയാം അതിന് വിരോധമൊന്നുമില്ല അപാരമായ കൃപ കൊണ്ട് ചെയ്യുന്ന ലോക സംഗ്രഹ നമ്മൾ ഇതുമായി പഠിപ്പിക്കരുത് ഇത് സാധകനോട്ടുള്ള ഉപദേശമാണ് കാരണം അത് പറയാൻ കാരണം പലപ്പോഴും വേദാന്ത ശാസ്ത്രങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ തൻ്റെ പരമമായ നിശ്രയസത്തിലേക്കുള്ള വഴികാട്ടികളാണ് എന്നതിന് പകരം ബൗദ്ധികമായുള്ള ചില അറിവുകൾ സജ്ജയിച്ചു വെച്ച് മറ്റുള്ളവരെ തൂക്കാനും പിടിക്കാനുമുള്ള ഉപാധികളാക്കി മാറ്റാറുണ്ട് അതങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലേ എന്നിട്ടെന്താ അതങ്ങനെ എന്നിട്ടെന്താ ഇത് ഞാൻ ഇടയാ അതിനെ ഇതിനെ നോക്കാനല്ല ശാസ്ത്രം നിന്ന് നോക്കാനാണ് അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് സാധകനോട് ഉപദേശിക്കുക ശിതിബല നാപ്യുത്തരെ ഹി ശിയത അപ്പൊ എന്തുണ്ടാവും ജ്ഞാനബലം കൊണ്ട് ആരംഭിച്ച കർമ്മത്തെ അനുഭവിച്ചു തീർക്കുന്നു ശിതിബലം കൊണ്ട് ജ്ഞാനബലം കൊണ്ട് പുതിയതിനെ വലിച്ചു കെട്ടി വയ്ക്കുന്നുമില്ല അപ്പൊ എന്തുണ്ടാവും അനുദിനം പ്രാരബ്ധം ക്ഷയിച്ചു വരും പ്രാരബ്ധം തിഹ ഭുജ്യതാം ഇഹ ഈ ലോകത്തിൽ പ്രാരബ്ധം പ്രാരബ്ധത്തെ ഭുജ്യതാം ഭുജിച്ചാലും അനുഭവിച്ചാലും പ്രാരബ്ധത്തെ അനുഭവിച്ചു തീർക്കണാരായാലും അപ്പൊ ഇവിടെ ഭുജിച്ചു തീർക്കുകയാണ് ജ്ഞാനബലം കൊണ്ട് സഞ്ചിതകർമ്മം പൂർണ്ണമായി ഭസ്മീകരിക്കപ്പെടുന്നു സഞ്ചിതകർമ്മങ്ങൾ മുഴുവൻ തന്നെ ഭസ്മീകൃതമാകുന്നു ആഗാമികർമ്മം തടുക്കപ്പെടുന്നു ആഗാമികർമ്മം ജ്ഞാനബലത്താൽ തടുക്കപ്പെടുന്നു കാരണം ശരീരത്തിൽ ഞാനെന്ന ഭാവമുള്ള കാലത്തോളമാണ് ആഗാമികർമ്മം വന്നു ചേരുന്നത് അത് തടുക്കപ്പെട്ടു സഞ്ചിതകർമ്മം ഭസ്മമായി തീർന്നു ഇനി ആകെ ശേഷിക്കുന്നത് പ്രാരബ്ധമാണ് ഈ പ്രാരബ്ധം നീ ഈ ലോകത്തിൽ ഭുജിച്ചു തീർക്കൂ സന്തോഷത്തോടുകൂടിയിട്ട് എപ്പോഴും ആനന്ദമായിട്ടും വാസ്തവത്തിൽ ഈ ഒരു പൂർണ്ണാത്മാ സുസമീക്ഷ്യതാം ജഗതിദം തദ്ാധിതം ദൃശ്യത എന്ന് പറയുമ്പോഴത്തേക്കൊരു ജീവൻമുക്തന്റെ അവസ്ഥയാണവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം പൂർണ്ണാത്മാ സുസമീക്ഷ്യതാം ജഗതിദം തദ്ബാധിതം ദൃശ്യതാം എന്നുള്ളത് വാസ്തവത്തിലൊരു ജീവൻമുക്തന്റെ സ്ഥിതിയാണ് ഒരു ജീവൻമുക്തന്റെ അവസ്ഥയാണ് അവൻ ജീവൻ മുക്തി സുഖത്തിൽ കഴിയുകയാണ് ആ ജീവൻമുക്തി സുഖത്തിലുള്ള കഴിയലാണ് പ്രാരബ്ധം തിഹ ഭുജ്യത ഒന്നും സാധാരണ ലൗകികമായിട്ടൊന്ന് കാണാൻ പറ്റില്ല കേട്ടോ ഈ വാക്യങ്ങളൊന്നും ഒരു സാമാന്യതലത്തിൽ പഠിക്കേണ്ട വാക്യങ്ങളല്ല അങ്ങനെ ജീവൻമുക്തന്റെ പ്രാരബ്ധം കഴിഞ്ഞു നല്ലോ യഥാ പാദോദര ത്വചാ വിനിർമ്മിച്ചതേ എപ്രകാരമാണോ സർപ്പം തന്റെ പഴയ തൊലിയ ഊരി അങ്ങോട്ട് വയ്ക്കുന്നത് അത്രയേ ഉള്ളൂ അതുപോലെ വിദ്വാൻ ജീവൻ മുക്തൻ വിദേഹമുക്തനാവുന്നു അതിൽ കവിഞ്ഞൊന്നുമില്ല യഥോതകേ ശുദ്ധേ ശുദ്ധമാസിക്തം താതൃകേവ ഭവതി ഗൗതമാണ് പരിശുദ്ധമായ ജലത്തിൽ പരിശുദ്ധമായ ജലം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുന്നത് ഒന്നും ഉണ്ടാവില്ല പാത്രത്തിലുണ്ടായിരുന്ന പരിമിത ബുദ്ധി പോയി എത്രയുള്ളൂ പാത്രസംബന്ധിയായി ഉണ്ടായിരുന്ന പരിമിത ബുദ്ധി പോയി അല്ലെങ്കിൽ പരിമിതത്വം പോയി അതുപോലെ ഇവിടെ ജീവൻ മുക്തൻ പ്രാരബ്ധക്ഷയത്തിൽ പ്രാരബ്ധക്ഷയത്തിൽ ദേഹപാതം അതെന്ത് പറഞ്ഞാലും കൊള്ളാം ഓരോരുത്തർ ഓരോ പേര് പറയും നെയ്യ് അങ്ങനെയൊന്നുമല്ല അതുകൊണ്ടാണ് നേരത്തെ പാമ്പിന്റെ തൊലി ഊരുന്ന പോലെ എന്ന് പറഞ്ഞ് അധ പരബ്രഹ്മാത്മനാസ്ഥീയതാം തന്റെ പാരമാർത്ഥികമായ ബ്രഹ്മഭാവത്തിൽ നിലകൊണ്ടാലും ഒന്നുകിൽ ജീവൻമുക്തന്റെ വിദേഹമുക്തിയാണിതെന്ന് പറയാം ഒന്നുകിൽ അല്ലെങ്കിൽ ജീവൻമുക്തന്റെ പരിപൂർണമായ ബ്രഹ്മനിഷ്ഠയിലുള്ള വർത്തനമാണെന്ന് പറയാം കാരണം അവനെ സംബന്ധിച്ച് ശരീരപാദം പ്രസക്തമല്ല വിദ്വദൃഷ്ടിയിൽ ശരീരപാദം പ്രസക്തമല്ല പ്രതിർത്ഥം മനസ്സിലാക്കുക എന്നോ ശരീരരാതാത്മ്യം പോയ മഹാത്മാവിന് ഇനി എന്ത് ശരീരപാദം ദേഹോഹം അതിരുച്യത അതൊക്കെ കഴിഞ്ഞതാ അതുകൊണ്ട് ഇനി അവിടെ പ്രത്യേകിച്ച് ശരീരപാദം തുടങ്ങിയതൊന്നുമില്ല പാരമാർത്ഥികമായ ആത്മസ്വരൂപത്തിൽ തന്നെ വർത്തിച്ചാലും പലരും ഇവിടെ വിദേഹമുക്തി എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ തെറ്റുമില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റില്ല പറഞ്ഞോളൊന്നുമില്ല പിന്നെ തന്റെ പരബ്രഹ്മഭാവത്തിൽ തന്നെ അങ്ങനെ കഴിഞ്ഞാലും അവിടെ ദേശവും ഇല്ല ദേശകാലങ്ങൾക്കെല്ലാം ഉപരി തന്റെ സ്വരൂപത്തിൽ വർദ്ധിച്ചാലും പരബ്രഹ്മാത്മനാസ്ഥീയതാം പരബ്രഹ്മാത്മനാസ്ഥീയതാം പരബ്രഹ്മസ്വരൂപത്തിൽ ആ പദപ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ് ആത്മജ്ഞാനം എന്നല്ല പറഞ്ഞത് ആത്മഭാവം എന്നല്ല പറഞ്ഞത് പരബ്രഹ്മാത്മഭാവം സച്ചിതാനന്ദ സ്വരൂപമായ ബ്രഹ്മം തന്നെയാകുന്നു സച്ചിതാനന്ദ സ്വരൂപനായ ഞാൻ ഇല്ല ഭേദം ഒട്ടുമില്ല ഈ ഒരു അഭേ അഭേദജ്ഞാനത്തിൽ സ്വയമേവ സച്ചിതാനന്ദ പരിപൂർണനായി കഴിയുന്നു അവന് ലോകവും ഇല്ല ദേശോ ഇല്ല കാലോ ഇല്ല ഈ ദേശകാലങ്ങൾക്കെല്ലാം അപ്പുറത്ത് തന്റെ സ്വരൂപനിഷ്ഠയിൽ കഴിയുന്നു അങ്ങനെ അങ്ങിരുന്നാലും അങ്ങനെ കഴിഞ്ഞാലും ഇതിൽ പല എന്താ പറയാനുള്ള ഒന്നും പറയാനില്ല ചിന്തിക്കുക ഇതിൽ പരമെന്ന് പറയാനില്ല അതുകൊണ്ട് പരബ്രഹ്മാത്മന സ്ഥീയത പരബ്രഹ്മാത്മഭാവത്തിൽ പുറച്ചിരുന്നാലും അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധതലത്തിൽ സ്വയം കഴിഞ്ഞാലും ഇനി അവിടെ ഒരു ദ്വൈതവും ഇല്ല ഒരു ജീവ ജഗദ് ഈശ്വര ഭേദവും ഇല്ല എല്ലാത്തിനുമുപരി തൻ്റെ പരബ്രഹ്മഭാവത്തിൽ സ്വയം കഴിഞ്ഞു അവിടെ ആനന്ദം മാത്രം അവിടെ ദേശകാലാതി ഭേദങ്ങളില്ല അവിടെ മാനാപമാനങ്ങളില്ല അവിടെ സുഖദുഃഖാതി ദ്വന്വങ്ങളില്ല എന്നാ ഒന്നുമില്ല എന്നാണോ താൻ മാത്രം താനുണ്ട് ആ താനാകട്ടെ സക്ഷിതാനന്ദ പരിപൂർണനാണ് ആ പൂർണ്ണ പ്രജ്ഞയിൽ കുറച്ചിരിക്കുന്ന വിജ്ഞാനി ഇതിനപ്പുറത്ത് ശാസ്ത്രത്തിനൊന്ന് പറയാൻ ഇല്ല എന്തുകൊണ്ടെന്നാൽ അവിടെ ശാസ്ത്രം ചർച്ചകൾ ശ്രവണ മനനാദി മേഖലകൾ അനുസന്ധാന പ്രകാരങ്ങൾ എല്ലാം എല്ലാം പരമമായ അനുഭവതലം വരികയുള്ളൂ പിന്നൊന്നുമില്ല അവിടെല്ലാം കൊഴിഞ്ഞുപോയി അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഈ ബോധ സാക്ഷാത്കാരത്തിൽ മറ്റൊന്നുമില്ല അനുഭവ അവസാനത്വാത് ബ്രഹ്മവിജ്ഞാന എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ സൂത്രഭാഷ്യത്തിൽ പറയും ബ്രഹ്മവിജ്ഞാനത്തിന്റെ പരിസമാപ്തി സ്വാനുഭവത്തിലാണ് ശ്രദ്ധിക്കുക ആ ബ്രഹ്മാനന്ദിയാണ് സർവശാസ്ത്രങ്ങൾ എന്ന് പറയാറുണ്ട് ആ ബ്രഹ്മാനന്ദി ബ്രഹ്മാനന്ദ പര്യന്തം സകല ശാസ്ത്രങ്ങളും പിന്നൊന്നും വർദ്ധിക്കുന്നില്ല അതിന് വേറൊരു അർത്ഥമുണ്ട് അത് അദ്വൈത സിദ്ധിക്കിടെ ഗൗഡബ്രഹ്മാനന്ദി വ്യാഖ്യാനം അതുവരെയാണ് ശാസ്ത്രപഠനം പിന്നെ ശാസ്ത്രപഠനം ഇല്ല എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ അദ്വൈത സിദ്ധിയുടെ ഇതവിടെ ബ്രഹ്മാനന്ദി വ്യാഖ്യാനമാണ് പരമമായത് പിന്നെ അതിനപ്പുറത്തേക്ക് ശാസ്ത്രബന്ധം പഠിക്കേണ്ടതില്ല എന്നാണ് അവിടെ അർത്ഥം എങ്കിലും നമുക്കിവിടെ മനസ്സിലാക്കാം സ്വയം ആ ബ്രഹ്മാനന്ദ അനുഭൂതി വരെ സകലശാസ്ത്രങ്ങളും നിൽക്കുന്നു ഇവിടെ അതല്ല ഇവിടെ പരബ്രഹ്മാത്മ സ്വരൂപത്തിലായി കഴിഞ്ഞു ആ പരമാനന്ദത്തിലായി കൃതകൃത്യമായി ശാസ്ത്രവും സാധനയും ഗുരുവും ശിഷ്യനുമെല്ലാം പിന്തിരിഞ്ഞു ഈ ആത്മമഹിമയിൽ സ്വയം വിജയിച്ചാലും ഇനിയൊന്നും പറയാനില്ല അതുകൊണ്ടവിടെ ഈ പഞ്ചകം അവസാനിക്കുന്നു നോക്കൂ ഏകാന്തേ സുഖമാസ്യതാം പരതരെ ചേതസമാധീയതാം പൂർണ്ണാത്മാ സുസമീക്ഷ്യതാം ജഗതിദം തദ്ധിതം ദൃശ്യതാം കർമ്മ പ്രവിലാപ്യതാം ചിതിബലാജ്ഞാപ്യുത്തരൈശ്ലിഷ്യതാം പ്രാരം തിഹഭുജ്യതാം അധ പര ബ്രഹ്മാത്മനാസ്തീയതാം ഇതാണ് ഉപദേശ പഞ്ചരത്നം അല്ലെങ്കിൽ സാധന പഞ്ചകമെന്ന കൃതി തെറിയുള്ളൂ ഇനിയില്ല ഇനി ആവശ്യമില്ല ഇവിടെല്ലാം ഒതുങ്ങി എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ ചില പതിപ്പുകളിൽ ഒരു ശ്ലോകം അനുബന്ധം എന്നോണം കാണുന്നുണ്ട് ഒരു ഫലശ്രുതി പോലെ അതൊരു ഒരു ഫലശ്രുതി ഒരു മിഠായി അത്രയുള്ളൂ വാസ്തവത്തിൽ ഇത്രയുള്ളൂ അഥ പരബ്രഹ്മാത്മന സ്ഥീയത അവിടെ കഴിഞ്ഞു അതുകൊണ്ട് അത്രയുള്ളൂ ഉപദേശ പഞ്ചരത്നം അല്ലെങ്കിൽ സാധനാ പഞ്ചകം എങ്കിൽ തന്നെയും ചില പ്രതികളിൽ ഒരു ശ്ലോകം അധികം കാണുന്നുണ്ട് മിക്കവാറും പ്രതികളിൽ ഇതില്ല ചില പ്രതികളിലേ ഉള്ളൂ ഏതായാലും ഇവിടെ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തതിൽ ആ ശ്ലോകം കാണുന്നുണ്ട് അതുകൊണ്ടത് വായിക്കാം യശ്ലോക പഞ്ചകമിതം പഠതേ മനുഷ്യ സഞ്ചിന്തയത്യനുദിനം സ്ഥിരതാമുപേത്യ തു സംസൃതി ദവാനീവ്രഘോരതാപ്രശാന്തി മുപയാതി ചിതി പ്രസാദാ ഇതൊരു സാധാരണ ഒരു കവി എഴുതിയതാണ് സംശയത്തിൽ ഈ ശ്ലോകം എന്തായാലും മറ്റതായിട്ട് കൂട്ടിക്കെട്ടരുത് കൂട്ടിക്കെട്ടുന്നതൊരു സുഹല്യ ഇതൊരു സാധാരണ കവിയുടെ ഭാഷയാണ് ഇതുവരെയുള്ളത് ഓരോന്നും ഓരോ വാക്യവും ഒരു പരമവിജ്ഞാനിയുടെ ഉള്ളിൽ നിന്ന് വന്ന ഓരോ നിർദ്ദേശങ്ങളാണ് ഇതൊരു കവിയുടെ സാധാരണ കവിയുടെ ഒരു നല്ല സുന്ദരമായൊരു ശ്ലോകം എന്താണ് യ ശ്ലോക പഞ്ചകമിതം ഈ ശ്ലോക പഞ്ചകം യഹ യാതൊരാൾ യാതൊരാൾ അപ്പൊ അവിടെ പുല്ലിംഗത്ത് പ്രയോഗിച്ചുകൊണ്ട് പുരുഷന്മാർക്കേത് വഹിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ആരായാലും ഒന്നുമില്ല പുരുഷനായാലൊന്നുമില്ല സ്ത്രീയായാലും ഒന്നുമില്ല ആരായാലും ഒന്നുമില്ല നമംസകമായാലും ഒന്നുമില്ല പക്ഷേ പുല്ലിംഗത്തിലാണ് പ്രയോഗം യഹ യാതൊരാൾ ഇടം ശ്ലോക പഞ്ചകം ഈ ശ്ലോക പഞ്ചകം അഞ്ച് ശ്ലോകങ്ങൾ ചേർന്ന ഇത് ഇതിനെ പഠത മനുഷ്യ യഹ മനുഷ്യ യാതൊരു മനുഷ്യൻ പഠിക്കുന്നുവോ എല്ലാ മനുഷ്യന്മാർക്കും ഇത് പഠിക്കാനുള്ള മുണ്ട് എല്ലാവർക്കും പഠിക്കാം മനുഷ്യന്മാർക്കൊക്കെ അധികാരം ചെയ്യും വേറൊരു അധികാരമൊന്നും കിട്ടേണ്ട ആവശ്യം ഇല്ല മനുഷ്യ മാത്രത്തിന് വേദാന്ത പഠനത്തിന് അധികാരമുണ്ട് വെറുതെ വായിച്ചുകൊണ്ട് കാര്യമില്ല സഞ്ജു ഇന്തയ തീ നല്ലതുപോലെ ചിന്തിക്കുന്നു നല്ലതുപോലെ വിചാരം ചെയ്യുന്നു പഠിക്കുന്നു നല്ലതുപോലെ വിചാരം ചെയ്യുന്നു അനുദിനം ദിവസവും അത് ശ്രദ്ധിക്കണം ആസുപ്തേരാമൃതയകാലം എന്ന ഏത് വേദാന്ത ചിന്തയാ അത് ന്യായമാണ് ആസുപ്തേരാമൃതയകാലം ദിവസവും ഉറങ്ങുന്നത് വരെയും ജീവിതത്തിൽ മരിക്കുന്നത് വരെയും നയേത് കാലം കാലത്തെ നയിക്കണം എങ്ങനെ വേദാന്ത ചിന്തയാ വേദാന്ത ചിന്തയോടുകൂടി നയിക്കണം ന സുഖം ഉണ്ടാവും ദിവസം ഉറങ്ങുന്നവരെ പിന്നെ ജീവിതത്തിൽ മരിക്കണം വരെ വേദാന്ത ചിന്തയോടുകൂടി കഴിയൂ അനുദിനം ദിവസവും എങ്ങനെ കഴിയണം എങ്ങനെ വിചാരം ചെയ്യണം സ്ഥിരതാമുപേത്യ ആ വിചാരസാധനയിൽ സ്ഥൈര്യം വേണം സഞ്ചിന്തയതി നല്ലപോലെ ചിന്തിക്കുന്നത് നിരന്തരം വേണം സ്ഥിരത വേണം സാധനയിൽ അത് മുഖ്യമാണ് ഇതിപ്പോ നമ്മള് നാല് ദിവസം ഒത്തുകൂടി വേദാന്ത ശ്രവണം ചെയ്തു വേദാന്തത്തോട് വേദാന്തം തന്നെ വിചാരം തന്നെ വേറെ ഒന്നുമില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഒന്നുമില്ല അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല അനുദിനം അതാണ് അനുദിനം ദിവസവും ദിവസവും സ്ഥിരതാമുപേത്യ സ്ഥിരതയെ പ്രാപിച്ചിട്ട് തസ്യ ആശു തസ്യ അവന് എന്താ ഫലം ആശു പെട്ടെന്ന് തന്നെ ഒട്ടും താമസിക്കാം സംസ്കൃതി ദേവാനല തീവ്രഘോര താപ സംസാരമാകുന്ന ദവാനൽ കാട്ടുതി അതിൻ്റെ തീവ്രമായ ഘോരതാപം കാട്ടുതി കൂടാതെ ദവാനൽ എന്നുള്ളതിന് സർവനാശം വിതച്ചുകൊണ്ട് അവസാനം വരുന്ന അഗ്നി എന്നൊരു അർത്ഥം കൂടിയുണ്ട് ദവാനൽ എന്നാലും നമുക്ക് കാട്ടുതി നേടുത്ത ഒരു സുഖ മറ്റത് വെറുതെ കേട്ടിട്ട് പേടിക്കൊന്നും പാണ്ടല്ലാരും അപ്പൊ അതുകൊണ്ട് സംസാരമാകുന്ന കാട്ടുതീയുടെ തീവ്രഘോര താപം സംസ്കൃതി സംസ്കൃതി സംസാരം കുടിലഗതിയാണ് കുടിലമായ ഗതിയോടുകൂടിയതാണ് സംസാരം നേർ നേർവഴിക്ക് സംസാരം എന്ന് പറയില്ല ശ്രീ കുടിലായാം കതൗ എന്നാണ് ധാതു എല്ലാം സംസൃതി അല്ലെങ്കിൽ സംസാരം എന്നൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ചു പോകുന്ന കുടിലഗതി അപ്പൊ ഈ കുടിലഗതിയാകുന്ന സംസാരത്തെ ഇവിടെ ദാവാനലിനായിട്ട് സങ്കൽപ്പിച്ചു ഇവിടെ കാട്ടുതിയാണത് കാട്ടുതി പോലെ അങ്ങനെ അപ്പൊട്ടെന്ന് കത്തുന്നതാണ് അതിൻ്റെ ഘോരമായ താപമുണ്ടല്ലോ പ്രശാന്തി മുപയാത്തി പ്രശാന്തിയെ പ്രാപിക്കുന്നു ശമിച്ചു പോകുന്നു എങ്ങനെ ചിതിപ്രസാദാ ജ്ഞാനപ്രസാദാത് ഇത് നല്ലപോലെ സഞ്ചിന്തനം ചെയ്താൽ സ്വാഭാവികമായും ജ്ഞാനപ്രസാദം നമുക്കുണ്ടാവും ആ ജ്ഞാനപ്രസാദം കൊണ്ട് സംസാരാഗ്നിയുടെ താപം ഉപശമിക്കും അതുകൊണ്ട് സംസാരമോചനം ഇച്ഛിക്കുന്നവര് ദിവസവും ഈ പാഠം ചെയ്യുക നല്ലപോലെ സഞ്ചിന്തനം ചെയ്യുക എന്ന് ഭാവം വ്യക്തമാണല്ലോ നോക്കൂ വേദോ നിത്യമധീയതം തദുദിതം കർമ്മസ്വനുഷ്ഠീയതം തേനേശ വിധീയതമപിതി കാമ്യേമതിജ്യതം പാപൗഘ പരിധൂയതം ഭവസുഖേ ദോഷോനുസന്ധീയതം ആത്മേച്ഛാ വ്യവസ്യതം നിജഗൃഹ തൂർണ വിനിർഗമ്യത സങ്കത് സത്സു ശാതരിചീയതാ ദൃഢതരം കർമാശു സന്യജ്യത സദ്വിദ്വാൻ ഉപസർപ്പം പ്രതിദിനം തത്പാദുക്കേ്യത ബ്രഹ്മൈകാക്ഷരമ്യതം ശ്രുതിശിരോ വാക്യം സമാകർയതാകച്ച വിചാരതം ശ്രുതിശിര പക്ഷ സമാശ്രീയതം ദുസ്തർക്കു വിരമ്യതം ശ്രുതിമതസ് തർക്കോനുസന്ധീയത ബ്രഹ്മൈവാസ്മി േഹോഹം അതിരുജ്യതം ബുധജനൈർവാദ പരിതജ്യത കുദ്വ്യധിശ്ചികിത്സ്യത പ്രതിദിന ഭിക്ഷൗഷധം ഭുജ്യതം സ്വാധന്നു യാച്യതം വിധിവന സന്തുഷ്യതം ശിതോഷ്യതം നോ വൃഥാവകമുച്ചസീന്യമഭിപ്സം ജനകൃപൈഷ്ടുര്യമുസൃജ്യത ഏകാന് സുഖമസ്യതം പരതരെ ചേത സമാധീയതം പൂർണാത്മാസു സമീക്ഷ്യതം ജഗതിദം താധിതം ദൃശ്യതം പ്രകർമ്മ പ്രവിലപ്യതം ചിതിബലാത് നപ്യുത്തരൈഷിഷ്യതം പ്രാരബധം ദിഹഭുജ്യതം അഥ പര ബ്രഹ്മാത്മന അതാണ് ഉപദേശപഞ്ചരത്നം ശ്രദ്ധയോടുകൂടി പഠിക്കുക നിത്യ നൈമിത്യ കർമ്മങ്ങൾ എന്തെല്ലാം എൻലൈറ്റൻമെന്റ് അവസ്ഥ കൈവരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് നാൽപ്പത് ഉപദേശം അതുകൊണ്ടാണ് അവസാനം പറയാമെന്ന് പറഞ്ഞത് ഈ ഒരു പ്രശ്നം മാറ്റിവെച്ചത് ഈ ശ്ലോകം എത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൻലൈറ്റൻമെന്റിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഏകാന്തേ സുഖമാസ്യതാം പരതരെ ചേതസമാധീയതാം പൂർണ്ണാത്മാ സുസമീക്ഷ്യതാം ജഗതിദം തദ്ബാധിതം ദൃശ്യതാം വെറൊന്നുമില്ല മതി എത്ര മതി വേറൊരു വരി മുന്നോട്ട് പോണ്ട അത് തന്നെ പരമമായ എൻലൈറ്റൻമെൻറ്റ് സന്തോഷം ഇത് വലിയൊരു ലേഖനാണല്ലോ ഭഗവാന് ഇതെന്താ ഇപ്പത് ഇത് കുറച്ച് അധികമാണ് മൂന്ന് പേജുണ്ട് ഇതെന്താ കഥ ഇത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയ്ക്കധികം ശരി എന്തായാലും പ്രിയപ്പെട്ട സ്വാമിജിയാണ് അപ്പൊ പിന്നെ വായിക്കേണ്ടത് നിർത്തിയില്ല ഈ പ്രഭാഷണ പരമ്പരയിൽ സ്വാമിജി ബുദ്ധനെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിശിഷ്യ ഹിന്ദുമതത്തിൽ ഇല്ല ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടില്ല സനാതനധർമ്മം ഹിന്ദുധർമ്മം ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടില്ല വാക്ക് വരില്ല വായിൽ ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെക്കുറിച്ചും ധാർമ്മിക ധാർമ്മിക തകർച്ചയെക്കുറിച്ചും പറയുകയുണ്ടായി അങ്ങനെയുള്ളൊരു സമൂഹത്തെ വന്ന് അവർ ഈശ്വര പ്രീതിയുടെയും പ്രാപ്തിക്കായും വേണ്ടി ചെയ്തു വന്നിരുന്ന അധാർമികവും നിഷ്ഠുരവുമായ ജന്തുഹിംസയുടെ അതിപ്രസരത്തിൽ നിന്നും അത്തരം ജനതയെ അഹിംസ ധർമ്മം എന്നീ മൂല്യങ്ങളെ മുൻനിർത്തി സമൂഹത്തെ ആചാരപരമായ അപജയങ്ങളിൽ നിന്നും ഉദ്ധരിക്കാനൊരു മഹാത്മാവ് നടത്തിയ ശ്രമങ്ങൾ പിൽക്കാലത്തൊരു പ്രത്യേക മതമെന്ന നിലയിൽ ഉയർന്നുവരികയും കാലക്രമത്തിൽ ഹിന്ദുമത അനുയായികളിൽ നിന്നും വലിയൊരു എതിർപ്പിനെ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ക്രമേണ ഇന്ത്യയിൽ ഇത്തരക്കാർക്ക് സ്വീകാര്യത കുറയുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധഭഗവാൻ ചെയ്ത ഉപദേശങ്ങൾ അഖിലവും വാസ്തവത്തിൽ വേദാനുസാരം തന്നെയാണ് വൈദിക കർമ്മവ്യാപാരത്തിൽ വന്നു ചേർന്ന ദോഷങ്ങളെ നീക്കുക എന്നുള്ളതാണ് ഭഗവാൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് അത് വേദസമ്മതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രകാരത്തിലും സ്വീകരിക്കപ്പെടുമായിരുന്നു പക്ഷെ അതുണ്ടായില്ല വേദസംബന്ധിയായ ശ്രീബുദ്ധന്റെ മൗനമല്ലേ ൗദ്ധന്മാർക്ക് നാസ്തികവാദത്തിലേക്കും മറ്റും പോകാൻ സാഹചര്യം ഒരുക്കിയത് അങ്ങനെ വേദനിഷേധപരമായിട്ട് അവർ നീങ്ങിയതുകൊണ്ടല്ലേ സ്വീകാര്യത ഇല്ലാതായിപ്പോയത് ഇവിടെ പറഞ്ഞതുപോലെ ഭാരതത്തിൽ സ്വീകാര്യത ഒട്ടും ഇല്ലാതെ പോയത് നേരമറിച്ച് ഈ പരിഷ്കരണമൊക്കെ വേദത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ബോധിപ്പിച്ചിരുന്നെങ്കിൽ സ്വീകരിക്കപ്പെടുമായിരുന്നു ഇവിടെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ തന്റെ ഓരോ വാദവും തന്നെ വേദത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സൂചിപ്പിച്ചു അതാണ് പ്രവർത്തനത്തിലുണ്ടായ വ്യത്യാസം അതുകൊണ്ട് തന്നെ ഒരു നവീകരണ പ്രസ്ഥാനമായിരുന്നു ബൗദ്ധമെങ്കിലും മറ്റൊരു മതം പോലെ ആയി തീർന്നു പിന്നീട് ഇതാണ് സംഭവിച്ചത് ശരി ചോദ്യമൊന്ന് ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ആവിർഭാവത്തോടുകൂടിയാണോ ബുദ്ധന്റെ പിൻഗാമികളെ ശൂന്യവാദികളെന്ന് വിളിക്കുകയുണ്ടായത് ശൂന്യവാദികളെന്ന് വിളിച്ചതല്ല സർവം ശൂന്യം ശൂന്യം എന്ന ആശയം ബൗദ്ധര് മുന്നോട്ട് വെച്ചതാണ് അല്ലാതെ വേദാന്തികൾ ശൂന്യവാദികൾ എന്ന് വിളിക്കുക അല്ല ഉണ്ടായത് ശൂന്യവാദം അവരിൽ ആവിർഭവിച്ചതാണ് അതായത് പ്രപഞ്ചത്തിന് സദധിഷ്ഠാനമുണ്ടെന്നുള്ളതാണ് വേദാന്തം പ്രപഞ്ചത്തിന് അധിഷ്ഠാനമില്ല എന്നുള്ളതാണ് ബൗദ്ധരുടെ ശൂന്യവാദം ഈ ശൂന്യവാദം ഭഗവാൻ ഭാഷ്യകാരന്റെ കാലത്തിന് മുമ്പേ ഉണ്ട് അതുകൊണ്ടാണ് ശൂന്യവാദത്തെ വളരെയധികം ഭഗവാൻ ശ്രുതിയുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് ഖണ്ഡനം ചെയ്തത് ശ്രദ്ധിക്കുക ശ്രീശങ്കരന്റെ ഈ ആക്ഷേപം ശരിയാണെങ്കിൽ ഏ ആക്ഷേപമല്ല ശ്രീശങ്കറിന്റെ ആക്ഷേപമല്ല ബൗദ്ധരിൽ പിന്നീട് ശൂന്യവാദികൾ ആവിർഭവിച്ചതാണ് അവർ പ്രബലന്മാരായി തീർന്നു ശൂന്യവാദത്തെയാണ് ഭാഷ്യകാരൻ യുക്തിയുക്തമുള്ള ചോദ്യങ്ങളെ കൊണ്ട് നിസ്സാരതെടുത്ത് കാണിച്ചത് ശൂന്യമാസീത് കഥം വരാം ശൂന്യമുണ്ടായി എന്ന് എങ്ങനെ പറയും ശൂന്യം ഇല്ലാത്തതാണ് ഇല്ലാത്തതെങ്ങനെ ഉണ്ടായി എന്ന് പറയും ഇല്ലാത്തതുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഇല്ലാത്തതുണ്ട് ഇല്ലാത്തതുണ്ടെങ്കിൽ ഇല്ലാത്തതല്ലാതെ ശൂന്യമാസീത് കഥം ശൂന്യം എങ്ങനെയുണ്ട് ശൂന്യം എങ്ങനെ ഉണ്ടാവും ഇല്ലാത്തതല്ലേ ശൂന്യം അപ്പൊ ഇല്ലാത്തതെങ്ങനെ ഉണ്ടാവും അപ്പോഴാണ് പറഞ്ഞാൽ വിട്ടിത്തരാൻ മനസ്സിലായത് അപ്പൊ ശൂന്യം ഇല്ല എന്ന് പറഞ്ഞാൽ ശരി എന്റെ സിദ്ധാന്തം എന്റെ സിദ്ധാന്തം എന്നാൽ നമ്മളെ തർക്കത്തിന്റെ ആവശ്യം ഇല്ല ഈ യുക്തിദണ്ഡത്തിന് മുമ്പിലാണ് ഓടിപ്പോണ്ടി വന്നത് പലരും പറയാറുണ്ട് ശങ്കരാചാര്യ അടിച്ചു ഓടിച്ചു ബൗദ്ധന്മാരെ എന്നൊക്കെ യുക്തിദണ്ഡമാണല്ലാണ്ട് മുളവടിയല്ല അത് ശ്രദ്ധിക്കുക ബുദ്ധനും അദ്ദേഹത്തിന്റെ അനുയായികളും അനുഷ്ഠിച്ചു പോന്നിരുന്ന സാധനാക്രമങ്ങൾ ഒന്നുതന്നെ അദ്വൈത ബോധത്തിലേക്ക് അതായത് നിർവ്വാണം ആത്മജ്ഞാനം ബോധോദയം എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന അത്യന്ത ദുഃഖനിവൃത്തിക്ക് കാരണഭൂതമായ മുക്താവസ്ഥയിലേക്ക് നയിക്കാൻ പര്യാപ്തമല്ലേ ഇവിടെ വളരെ ശ്രദ്ധിക്കുക ഭഗവാൻ ഭാഷ്യകാരൻ ബൗദ്ധരെ പരിഹസിക്കുന്നതിന് കൈയും കണക്കൂല്ല എന്നാൽ ഒരിടത്തുപോലും അതിവിശദമായ ഭാഷ്യ സാഹിത്യത്തിൽ ഒരിടത്ത് പോലും ബുദ്ധനെ പരിഹസിച്ചിട്ടില്ല അതിന് കാരണം ബുദ്ധന്റെയും ബൗദ്ധരുടെയും ഭേദമാണ് ബുദ്ധൻ ശൂന്യവാദം ഉപദേശിച്ചിട്ടില്ല ബുദ്ധൻ വേദനിഷേധം ഉപദേശിച്ചിട്ടില്ല ബുദ്ധൻ വൈദിക നിഷേധം ഉപദേശിച്ചിട്ടുണ്ട് അതിനൊരു വിരോധമില്ല അത് ഉപദേശിച്ചിട്ടുണ്ട് എന്താ കുഴപ്പം ശ്രീകൃഷ്ണൻ ഉപദേശിച്ചില്ലേ യാമിമാം പുഷ്പിതാം വാചം പ്രവതന്ദ് അവിപശ്ചിത വേദവാദര പാർത്ഥ നാന്യദസ്തീതിവാദിന കമാത്മാന സ്വർഗപര ജന്മ കർമ്മഫലപ്രദം കിയയാവിശേഷ ബഹുളാം ഭോഗൈശ്വര്യ ഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധന വിധീയത എന്നൊക്കെ ഭഗവാൻ പറയുമ്പോ അന്നത്തെ കർമ്മകാണ്ടികളെ നോക്കി തന്നെയല്ലേ പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞതിന് വേദസമ്മതി എടുത്ത് കാണിച്ചത് നമ്മൾ ഭഗവാനെ സ്വീകരിച്ചു ഇത് ശ്രദ്ധിക്കുക അതേണ്ടായത് അതുകൊണ്ട് ബുദ്ധൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരിടത്തും അതുകൊണ്ട് ബുദ്ധന്റെ ഉപദേശങ്ങളെ ശരിയായി പിൻപറ്റിയൊരാൾ മുന്നോട്ട് പോയാൽ നിശ്ചയമായി മയക്ക് നിർവ്വാണ പദത്തിലേക്ക് ഉയരാൻ സാധിക്കും അത് യാതൊരു സംശയമില്ല ഒരു സംശയമില്ല ആശയാണ് ദുഃഖത്തിന് കാരണം എന്ന് തുടങ്ങി ബുദ്ധന്റെ പ്രസിദ്ധങ്ങളായ ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി തുടങ്ങി ആപ്തവാക്യങ്ങളും അവയുടെ ആചരണങ്ങളും വേദവിഹിത വേദനിഷിദ്ധങ്ങളാണോ മറിച്ച് വേദങ്ങളും ഇതുതന്നെയല്ലേ പറയുന്നത് നിങ്ങൾ പ്രബുദ്ധതയിലേക്ക് ഉയരൂ ധർമ്മം ആചരിക്കൂ സംഘം ചേർന്ന് പ്രവർത്തിക്കൂ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കും തീർച്ചയായിട്ടും അതെ നൂറ് ശതമാനം ശരിയാണ് ഒരു തെറ്റുമില്ല നോക്കൂ ശാസ്ത്രവിചാരത്തിൽ ഒരാചാര്യനോ ഒരു പ്രസ്ഥാനമോ മുന്നോട്ട് വെച്ച ഒരാശയത്തെ എതിർക്കുന്നു അതിനെ മുഴുവൻ എതിർക്കുന്നു എന്നർത്ഥമില്ല എന്തിന് വേദാന്തിയെ സംബന്ധിച്ച് പ്രധാന മല്ലനാണ് സാങ്ഖ്യൻ വേദാന്ത ചർച്ചയിൽ പ്രധാന മല്ലനായിട്ട് നിലകൊള്ളുന്നത് സാങ്ഖ്യനാണ് താക്കം കിട്ടണെടുത്ത് സാഖ്യനെ കടിച്ചു കയറും ഭാഷ്യകാരൻ ഇത്രയ്ക്കധികം ഖണ്ഡനം ചെയ്യുന്നത് വേറെ ആരേ ഇല്ല ബൗദ്ധനത്ര ഖണ്ഡനം ചെയ്യാ ഇല്ല കാരണം ശൂന്യവാദമായതുകൊണ്ട് യു പി മുമ്പിൽ നിൽക്കില്ല പക്ഷേ സാഖ്യം വളരെ ഉയർന്ന സിദ്ധാന്തമായതുകൊണ്ട് ഭാഷ്യകാരൻ ഏറ്റവുമധികം ഖണ്ഡനം ചെയ്യുന്നത് സാങ്കേനയാണ് താക്കം കിട്ടുമ്പോ ഒക്കെ കടിച്ചു കയറും സാങ്ക്യൻ മുന്നോട്ട് വെച്ച ത്രിഗുണ സിദ്ധാന്തത്തെ ഭഗവാൻ ഭാഷ്യകാരൻ ആത്തേപടി അംഗീകരിച്ചു അപ്പൊ ഒരാശയത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി എതിർക്കുന്നു എന്നർത്ഥമില്ല എപ്പോഴെയാണോ ശാസ്ത്ര വിരുദ്ധതയുള്ളത് അത് മാത്രമേ എതിർക്കപ്പെടുന്നുള്ളൂ ഇപ്പൊ ബുദ്ധം ശരണം എന്ന് പറഞ്ഞു ഈ പറഞ്ഞതിന് വേദത്തിന്റെ സമ്മതി കാണിക്കാമായിരുന്നു എന്നാരും അതിനന്യമായി കാണില്ലായിരുന്നു അല്ലെങ്കിൽ സംഘം ശരണം കച്ചാമി അതിന് വേദതിന്റെ സമ്മതിയിൽ നൂറുകണക്കിന് മന്ത്രങ്ങളുണ്ട് അതെടുത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് കുഴപ്പം അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് അതുകൊണ്ടാണത് വേറൊരു മതമായി പരിഗണിക്കപ്പെട്ടത് നേരെ മറിച്ച് ഇത് വേദാനുസൃതമാണ് എന്നെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അംഗീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായി സ്വീകരിക്കപ്പെടുമായിരുന്നു അതൊക്കെ വൈദികം തന്നെയാണ് ഈ പറഞ്ഞതെല്ലാം നല്ലതാണ് ശ്രീശങ്കര ഭഗവത്പാദരോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടും അദ്ദേഹം സനാതനധർമ്മത്തെ ഉദ്ധരിക്കാൻ നടത്തിയ മഹത്തായ ബൌദ്ധിക പ്രക്രിയകളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ ക്രമപ്പെടുത്താൻ നടത്തിയ ധീരമായ പ്രക്രിയകളുടെയും മുന്നിൽ ഒരായിരം നമസ്കാരങ്ങൾ ചെയ്തും ആ അവതാരപുരുഷനോട് എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ടും ചോദിക്കട്ടെ ശ്രീബുദ്ധന്റെ ദർശനങ്ങളെ വെറും ശൂന്യവാദം എന്ന രീതിയിൽ തള്ളിക്കളയാനുള്ള കാരണം നോക്കൂ ശൂന്യവാദം എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതല്ല സൗത്രാന്തികന്മാരും വൈഭാഷികന്മാരും യോഗാചാരന്മാരും മാധ്യമികന്മാരുമായിട്ട് ബൗദ്ധന്മാര് നാല് വിഭാഗമായി തിരിഞ്ഞു ഇവർക്ക് രാജാക്കന്മാരുടെ നല്ല സമ്മതിയും കിട്ടി പ്രോത്സാഹനവും കിട്ടി ഒരു പക്ഷേ അതിന് ശ്രീബുദ്ധൻ രാജകുടുംബത്തിൽ തന്നെ പോയ ആളായിരുന്നു എന്നുള്ളതൊരു കാരണമാണോന്ന് അറിയില്ല അറിയാത്ത വിഷയമാണ് ആയിരിക്കാം ഒരു മാറ്റത്തിന് കൊതിച്ച സമൂഹത്തിന് മുമ്പിൽ ബൗദ്ധം പ്രസരിച്ചു ബുദ്ധന്റെ ഉപദേശങ്ങളെന്ന് വ്യതിചലിച്ചു ഇതെന്നെയല്ലേ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയത് ഇതന്നെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയത് മഹാനായ ഭഗവാൻ യേശുക്രിസ്തു ത്യാഗത്തിന്റെയും സത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം തത്വോപദേശങ്ങളാണ് ഭഗവാൻ യേശുക്രിസ്തു നൽകിയത് എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾക്ക് ഘടക വിരുദ്ധം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയാണ് വേറൊന്നുമല്ല മതസ്ഥാപനമാണ് മതസ്ഥാപിച്ചത് ക്രിസ്തു അല്ല സെയിന്റ് പോളാണ് എപ്പിസി പോൾ മുതൽക്കാണ് മതസ്ഥാപനം വരുന്നത് വിവിധ നാടുകളിൽ പലർക്കായി കത്തുകൾ എഴുതി അവിടെ മതസ്ഥാപിക്കാൻ പറഞ്ഞു അവിടെ പള്ളി പണി അവിടെ ജനവിഭാഗങ്ങളെ ആകർഷിക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യ ക്രമേണ എന്തുണ്ടായി നമുക്കറിയാം സ്പാനിഷ് ഇൻക്വിസിഷനെ കുറിച്ചൊക്കെ നമുക്കറിയാം എന്തിനാ സ്പാനിഷ് ഇൻക്വിസിഷനെ കുറിച്ച് പറയുന്നത് ഇൻക്വിസിഷൻ ഉണ്ടായിട്ടില്ലേ വെറും നാനൂറ്റി കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ബുദ്ധത്ത് തന്നെ അഞ്ചും പത്തും പേരെ കുത്തിയിട്ട് തീയിലിടുക എന്നിട്ട് കാണിക്കാൻ നിങ്ങളിതുപോലെ ക്രിസ്ത്യാനിയാവാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗതി നിങ്ങൾക്ക് വരണോ അങ്ങനെ എത്രായിരം പേരെ കൊന്നു എത്ര ആയിരം ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ളവരുടെ ജീവിതവും തമ്മിലല്ല തുലനവും ബന്ധവും ഉണ്ടോ സാമ്യവും ഉണ്ടോ ഒരു മതം എന്ന രൂപത്തിൽ ആവിർഭവിക്കുമ്പോൾ വന്നു പോകുന്ന കുഴപ്പമാണ് ചിന്തിക്കുക അപ്പൊ അതുകൊണ്ട് ശൂന്യവാദി എന്ന് മുദ്രകുത്തി പരിഹസിക്കുകയല്ല ചെയ്യുന്നത് ബുദ്ധനെയല്ല ബുദ്ധന്റെ പിന്മുറക്കാർ ശൂന്യവാദികളായപ്പോൾ ആ ശൂന്യവാദം നാട്ടിൽ പ്രസരിച്ചാൽ ഉണ്ടാവുന്ന ആപത്തുകളെ തിരിച്ചറിഞ്ഞ് ശക്തമായിട്ട് ഭാഷ്യകാരൻ ശൂന്യവാദത്തെ ഖണ്ഡിച്ചു ശാസ്ത്രോക്തമായ രീതിയിൽ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഒരിടത്തും വേണമെങ്കിൽ എത്ര സ്ഥലത്തെഴുതാമായിരുന്ന ബുദ്ധനെക്കുറിച്ച് ഒരിടത്തും ബുദ്ധനെ വിമർശിച്ചിട്ടില്ല ഭാഷ മുഴുവൻ വായിച്ചു നോക്കൂ പ്രസ്ഥാനത്തിലെ ഭാഷ മുഴുവൻ പഠിച്ചു ഒരിടത്ത് പോലും ബുദ്ധനെ വിമർശിച്ചിട്ടില്ല ബൗദ്ധരെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് ഒരുപക്ഷേ കണാദനെയൊക്കെ മഹർഷി കണാദ മഹർഷിയെയൊക്കെ ചെറിയൊരു ഒരു പരിഹാസത്തിന്റെ ധ്വനിയിൽ ശങ്കരാചാര്യ എഴുതിയിട്ടുണ്ട് അത്ര പോലും ബുദ്ധനെ പറഞ്ഞിട്ടില്ല അത് ഓർമ്മിക്കണം നമ്മൾ അത് തിരിച്ചറിയണം ശ്രീബുദ്ധന്റെ ആദർശങ്ങളെ വെറും ശൂന്യവാദം എന്ന നിലയിൽ തള്ളിക്കളയാനുള്ള കാരണം താൻ പിൻപറ്റി വന്നിരുന്ന അല്ലെങ്കിൽ തന്റെ അവതാരോദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമായി ഉണ്ടായ വെറും വാക്കുകൾ കൊണ്ടുള്ള കസർത്തല്ലേ പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആചാര്യസ്വാമികൾ ചെയ്തത് പ്രച്ഛന്ന ബുദ്ധൻ എന്ന ആരാചാര്യസ്വാമികളെ വിളിച്ചത് ഇന്നാട്ടുകാര് മലയാളികൾ വേറെ ആരും വിളിച്ചിട്ടില്ല തീർത്തും കാരണം കേരളത്തിൽ ഭാട്ടമതമായിരുന്നു അക്കാലത്ത് പ്രചരിതമായിരുന്നത് കുമാരല ഭട്ടന്റെ പിന്മുറക്കാരായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന പൂർവമീമാംസകന്മാരൊക്കെ ഈ പൂർവമീമാംസകന്മാരുടെ പിടിയിലായിരുന്നു കേരളത്തിൻ്റെ ബൗദ്ധികമായ മേഖല അതുകൊണ്ടുതന്നെ അവർക്ക് ഒരു തരത്തിലും അദ്വൈത വേദാന്തത്തെ അംഗീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല അതിന്റെ പ്രചാരകനായിരുന്ന ആചാര്യസ്വാമികളെ അതുകൊണ്ട് തന്നെ പ്രഛന്ന ബൗദ്ധനെന്ന് വിളിച്ചു ആചാര്യസ്വാമികൾ ഒരു പ്രഛന്ന ബൗദ്ധത്വവും കാണിച്ചിട്ടില്ല ശുദ്ധ ബുദ്ധനായിരുന്നു പ്രഛന്ന ബുദ്ധനല്ല ശുദ്ധ ബുദ്ധന ശുദ്ധമായ ബോധസ്വരൂപത്തിൽ കഴിഞ്ഞവനാണ് അതുകൊണ്ട് ആചാര്യസ്വാമികളുടെ കൃതികൾ പഠിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വാക്കസർത്തും അവിടെ ഇല്ല വേണ്ടത് വേണ്ടടത്ത് വേണ്ടത് മാത്രം ആചാര്യസ്വാമികൾ ബൗദ്ധര മാത്രമാണോ തള്ളിയത് ഒരിക്കലുമല്ല ഏകവും അദ്വിതീയവുമായ വേദ താല്പര്യത്തിന് വിരുദ്ധമായ സകല വൈദിക ദർശനങ്ങളെയും ഖണ്ഡനം ചെയ്തിട്ടുണ്ട് ന്യായത്തെയും വൈശേഷികത്തെയും സാങ്ക്യത്തെയും യോഗത്തെയും ഒക്കെ ഖണ്ഡനം ചെയ്തിട്ടുണ്ട് മണ്ഡനവും ഖണ്ഡനം മണ്ഡനം അതൊന്നും ആരെ എതിർക്കാനല്ല വ്യക്തിയോടൊരു വിരോധമില്ല വേദത്തിന്റെ അദ്വിതീയമായ താല്പര്യത്തെ പ്രദർശിപ്പിക്കാനാണ് അത് വാക്കസർത്തല്ല അത് ശ്രദ്ധിക്കുക അല്ലാതെ പ്രബുദ്ധതയെ പറ്റി പറഞ്ഞ് തന്ന ബുദ്ധൻ എങ്ങനെ ശൂന്യവാദിയായി നോക്കൂ ബുദ്ധനല്ല ബൗദ്ധരാണെന്ന് ഓർമ്മിക്കുക അതുമല്ലെങ്കിൽ ശ്രീബുദ്ധൻ മറ്റൊന്നിന്റെയും സാന്നിധ്യമില്ലാത്ത ആ അദ്വൈതാവസ്ഥയെ പുതിയൊരു പേരിൽ അവതരിപ്പിച്ചത് പിന്നീട് ബുദ്ധമതത്തിലുണ്ടായ കോലാഹലങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയതാണോ കൂടുതൽ അറിയാൻ ഏതൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കണം ഏതൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കണം എന്നറിയില്ല നമുക്കറിയേയില്ല പക്ഷേ ഭാഷ്യം ശ്രദ്ധിച്ചു പഠിച്ചാൽ തന്നെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കും പ്രസ്ഥാനത്തേ ഭാഷ്യം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കും പരമപുരുഷാർത്ഥം മോക്ഷം തന്നെ നിസ്തർക്ക വിഷയം എന്നാൽ ഇന്നത്തെ ഹിന്ദു സമൂഹത്തെ നോക്കൂ ഇവർ ഒരുതരം നിഷ്ക്രിയ അവസ്ഥയിലല്ലേ ഈ അവസ്ഥയെ ഈ കൂട്ടർ തൃപ്തിയടഞ്ഞ മനസ്സിന്റെ അഭാവമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു എന്തിനോടും ഏതിനോടും പ്രതികരിക്കാത്ത അവസ്ഥ ഇന്ന് എന്ത് ചോദിക്കരുത് എന്നും നാളെ എന്ത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും അഥവാ ഇന്നതേ പ്രാർത്ഥിക്കാവൂ എന്നും വരെ നിഷ്കർഷിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം ഇതായിവിടെ മുന്നിൽ വന്നു നിൽക്കുന്നു വളരെ ശരിയാണ് ഈ പറഞ്ഞത് അപകടകരമായ ഒരു മൗഢ്യം നമ്മുടെ സമാജത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ് വളരെ ശരിയാണ് ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തെപ്പറ്റി കൂടുതലായി പറയാതെ എന്നീ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ജടിലതയെ മാറ്റാൻ ഈ രണ്ടസ്തയും രണ്ടാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സമൂഹത്തിന് അത്യന്തം ആവശ്യമായിട്ടുള്ള ധർമാചരണം നിർബന്ധമായും അനുഷ്ഠാനമായി എടുത്തുകൊണ്ട് ഇവയുടെ ക്രമമായ ആചരണത്തിലൂടെ ജീവൻ കൂടുതൽ കൂടുതൽ ഉയർന്ന സ്വാഭാവികമായ മോക്ഷാവസ്ഥയെ പ്രാപിക്കാൻ പറ്റിയ ഒരു നിലയിലേക്ക് ഉയരും എന്ന അല്ലേ പ്രതികരണശേഷി നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനോട് മുഖ്യമായി പറയേണ്ടത് നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് പറയാൻ പറ്റും വേദികളിൽ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടാലും ഏത് ക്ലാസുകളിലായാലും ധർമ്മത്തെയാണ് പറയുക വേദാന്തത്തെ അല്ല വേദാന്തരാക്ഷരം പറയാറില്ല കഴിയുന്നതും ചില സൂചനകളിലോ ഗുപ്തമായ ചില വാക്യങ്ങളിലോ ഒതുക്കി വയ്ക്കും ധർമ്മം ധർമ്മം ധർമ്മം ഇത് തന്നെയാ പറയാറ് ഐശ്വര്യത്തിനായിക്കൊണ്ടുള്ള കർമ്മം സ്വരക്ഷയ്ക്കായിക്കൊണ്ടുള്ള കർമ്മം പഞ്ചമഹായജ്ഞങ്ങൾ നൈമിത്തിക കർമ്മങ്ങൾ കണ്ടേടത്തിന്റെ കർത്തവ്യതയുടെ ഒക്കെ ആശയങ്ങളെയാണ് സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രത്യേകം വേദാന്ത ശ്രവണത്തിന് മാത്രം ജിജ്ഞാസുക്കളായി ആ രീതിയിൽ ക്ഷണിക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ആ രീതിയിൽ ക്ഷണിച്ചവരുടെ മുമ്പിൽ മാത്രമേ വേദാന്തം പറയാറുള്ളൂ അല്ലാതെ പൊതുസമൂഹത്തിൽ വേദാന്തം പറയാറില്ല ഈ കോഴിക്കോട് തന്നെ ഒരു നേരം പോക്ക് ഓർമ്മിക്കുകയാണ് കഥയല്ല ഉണ്ടായതാണ് അദ്വൈതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്തായിരുന്നു ആരംഭിച്ചത് ധർമ്മപ്രഭാഷണ പരമ്പര എന്നുള്ള പേരിൽ കോഴിക്കോടുള്ള പലരും അല്പം നെറ്റ് ജോലിച്ചു ചിലർ നേരിട്ടും ചോദിച്ചു ഇതല്ല ഒരു പൊതുവ ആധ്യാത്മിക പ്രഭാഷണ അല്ലേ സന്യാസിമാര് ചെയ്യേണ്ടത് ആധ്യാത്മിക പ്രഭാഷണ പരമ്പര എന്നല്ലേ ഞങ്ങൾ കേൾക്കാറ് ആയിക്കോട്ടെ പിന്നെ ഇതല്ല ധർമ്മപ്രഭാഷണ പരമ്പര ഇത് ധർമ്മപ്രഭാഷണ പരമ്പരയാണ് ചില സീനിയറായിട്ടുള്ള സ്വാമിമാര് നമ്മളവരെ പോയി നമസ്കരിക്കാറുണ്ടായിരുന്നു അവർ ചോദിച്ചു ഇതെന്താ സ്വാമിക്ക് ധർമ്മപ്രഭാഷണ പരമ്പര എന്ന് വെച്ചാൽ അതല്ലല്ലോ നമുക്ക് വേണ്ടത് ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയല്ലേ സ്വാമിജി അത് വേണം പക്ഷേ അത് ആവുന്നൊരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ധർമ്മപ്രഭാഷണ പരമ്പര നടക്കട്ടെ എന്ന് നമ്മൾ അഭിപ്രായം പറഞ്ഞു ഇതാണ് സത്യം അതുകൊണ്ടിവിടെ സമൂഹത്തിൽ വാരി വിതറേണ്ടത് ധർമ്മസന്ദേശമാണ് പലപ്പോഴും ഇല്ലാതായി പോകുന്നതും അതാണ് അതെ ഒരു തരം മൗഢ്യത്തിലേക്ക് സമൂഹത്തെ ആഴ്ത്തുന്ന എന്തെല്ലാമോ വിഭ്രവങ്ങളിലേക്ക് ആഴ്ത്തുന്ന തരം ആശയപ്രചരണങ്ങളാണ് നേരെ നടക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല രുക്മി സ്വയംവരാങ്ങ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് കണക്കില്ല മുക്കിന് മുക്കിന് മുക്കിന് മൂലയിൽ മുഴുവൻ ഭാഗവും സപ്തഹായിക്കഴിഞ്ഞു ആ എവിടെ ചെന്നാലും ശിവക്ഷേത്രത്തിലും ഭാഗവ സപ്താവ് എടേ ശിവപുരാണം വെച്ചൂടെ നിനക്ക് ദേവീക്ഷേത്രത്തിലും ഭാഗവസപ്താവ് എടേ നിനക്ക് ദേവി മഹാദേവി ഭാഗവതം വെച്ചൂടെ ശ്രീരാമക്ഷേത്രത്തിലും ഭാഗവത സപ്താവ് അവിടെ രാമായണം വെച്ചൂടെ ഭാഗവതം വേണ്ട എന്നല്ല പറഞ്ഞത് ഭാഗവതം നിഗമകൽപ്പതരോർ ഗളിതം ഫലം സംശയമൊന്നുമില്ല വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വ ഫലമാണ് ഭാഗവതം അതിനേറ്റം ബഹുമാനിച്ചുകൊണ്ടാ പറയുന്നത് പക്ഷേ ഇതൊരുതരം സാമ്പത്തിക ലാഭത്തിനുള്ള മേഖലയായതോടുകൂടി ഇഷ്ടം പോലെ പ്രഭാഷകരുണ്ടായിട്ടുണ്ട് സമ്പ്രദായ ശുദ്ധിയോടുകൂന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്തേണ്ടതാണ് ഇതിന്റെ പേരിൽ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു എന്നുള്ളത് കാണുമ്പോ ലജ്ജ തോന്നും ഒരു തരം തമസിലേക്ക് സമൂഹത്തെ അഴ്ത്തുന്ന തരം എന്ത് വന്നാലും ഒരു പ്രതികരണം വേണ്ട കൃഷ്ണാന്നും പറഞ്ഞ് കണ്ണിത് വള്ളം നിറച്ചാൽ മതി കൃഷ്ണൻ അതല്ല ചെയ്തത് ഒരു പ്രാവശ്യം പോലും കൃഷ്ണൻ കരഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പോലും കൃഷ്ണൻ കരഞ്ഞിട്ടില്ല ഒരിക്കലും കരയാത്തതും കൃഷ്ണനാണ് ഇതും ഇങ്ങനെ കരുതിയിരിക്കുക തന്നെ അല്ലാത്ത സങ്കടം എന്നിട്ട് ഈ ഗോവർദ്ധനോദ്ധാരണത്തിന്റെ അന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് കുന്നുണ്ടാക്കുന്ന പരിപാടി വരെയുണ്ട് എന്നിട്ട് മുറിച്ചു വെക്കുക നമ്മളൊരു സപ്താഹക്കാരനോട് പറഞ്ഞു എടേ നീ ചെറുപേറിലോട്ടൊന്ന് പൊക്കി പൊളിക്കി എന്ന ഒരു കഷ്ണം ഞാനും മേടിക്കാം സ്വാമി അതൊക്കെ അങ്ങനെയല്ലേ റായിട്ട് അങ്ങനെയാണ് പോയി പോയി ശ്രീകൃഷ്ണൻ മരിക്കണമെന്ന് ക്ഷമിക്കണം സ്വർഗാരോഹണം ചെയ്യണമെന്ന് പോലാചരിക്കണ ആളുമായിരുന്നുണ്ട് അപ്പൊ ഭഗവാന്റെ സ്വർഗാരോഹണം നടന്നുകൊണ്ട് നമ്മൾക്ക് അശുദ്ധമായിട്ടുണ്ട് ഇനി കുളിച്ചു വന്നാൽ ബാക്കി വായിക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കുക പറഞ്ഞാൽ സ്വാമി കള്ളം പറയാ നല്ലേ കേരളത്തിൽ നടന്നതാണ് വേറെ എവിടെയല്ല രുക്മിണി സ്വയംവരെന്നും പറഞ്ഞ കുട്ടികളെ എഴുന്നള്ളി ചെന്തൊക്കെ കോപ്രാട്ടിത്തരാ കാണിച്ചു കൂട്ടുന്നത് എന്നാൽ ഈ ഭാഗവതമാകുന്ന മഹാ ഗ്രന്ഥം അത് നൽകുന്ന ധാർമ്മിക വീക്ഷണം അത് നൽകുന്ന വേദാന്ത വീക്ഷണം അത് നൽകുന്ന ദാർശനിക മഹിമ അതിനെടുത്ത് കാണിക്കുകയില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് അബദ്ധം സംഭവിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളായാലും ഉത്സവങ്ങളായാലും മനുഷ്യൻ ഉറക്കുന്ന ചടങ്ങുകളാവുന്നു ഉണർത്തുന്നതാവുന്നില്ല ഉറക്കുന്നത് ഉറങ്ങിക്കോ ഭാവോപാടി ഉറക്കുക ഉണർത്തുന്നതാവുന്നില്ല അതുകൊണ്ട് വലിയൊരു പരിവർത്തനം ഉണ്ടാവണം തീർച്ചയായിട്ടും എഴുതിയതിനോട് നൂറ് ശതമാനം നമുക്ക് യോജിപ്പാണ് പക്ഷെ ഇവിടെ ക്ഷണിക്കപ്പെട്ടു എവര് വെച്ച വിഷയമാണ് ചിതാന്തപുരുസാംഗി വെച്ച വിഷയമല്ല ഉപദേശ പഞ്ചരത്നം അതുകൊണ്ടത് പറഞ്ഞു അത്രയേ ഉള്ളൂ സമൂഹത്തിൽ ഇത് വേദാന്ത ശ്രവണത്തിന് തയ്യാറായി വന്നവരായതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് തീർച്ചയായിട്ടും വേദാന്ത ശ്രവണത്തിന് തയ്യാറായി വന്നവരുടെ മുമ്പിൽ വേദാന്തം തന്നെയാണ് ശ്രവിപ്പിക്കേണ്ടത് പക്ഷെ ബഹുസമൂഹ മധ്യത്തിൽ വേദാന്തമല്ല പറയുക ഒരിക്കലും വേദാന്തം പറയാറില്ല അവിടെ ധർമ്മം തന്നെയാണ് ആവർത്തിക്കുന്നത് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നത് എങ്ങനെയെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ സന്തോഷം പറഞ്ഞു കേൾക്കേണ്ടതല്ല ഇനിയും താല്പര്യമുള്ള ആൾ നേരിട്ട് നമുക്ക് വിസ്തരിച്ച് സംസാരിക്കാം ഒരു പത്ത് പ്രാവശ്യം ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിന്റെ ഭാഷ്യം ഒന്ന് വായിക്കാം അടുകെട്ടിയാണ് ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ ബാഹ്യമായി നമ്മൾ കർമ്മം എന്ന് പറയുന്നിടത്ത് ബഹുളമായിരിക്കുന്ന വ്യാപാരങ്ങളുടെ മധ്യത്തിൽ യാതൊരു കർമ്മത്താലും ബാധിക്കപ്പെടാത്ത ഉണ്മ വർദ്ധിക്കുന്നു ഒരു കർമ്മതന്ത്രവും ഇല്ലെന്ന് നമ്മൾ പുറമെ വിചാരിക്കുന്ന സ്ഥായി ഭാവങ്ങളിൽ അല്ലെങ്കിൽ നിശ്ചല ഭാവങ്ങൾക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായ അനുസ്യൂതമായ കർമ്മതന്ത്രം അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാവും നല്ലപോലെ അനുസന്ധാനം ചെയ്യാം അഥവാ യാതൊന്നിൽ സാമാന്യ സമൂഹത്തിന് പ്രവൃത്തിരൂപമായ കർമ്മമുണ്ടോ അതിൽ മുമുക്ഷുവായ ജിജ്ഞാസുവിന് ഒരു കർമ്മവും ഇല്ല അവിടെ അകർമ്മമാണ് മുമുക്ഷുവായ ജിജ്ഞാസു യാതൊരു ആത്മാനുസന്ധാനമാകുന്ന കർമ്മത്തിൽ വ്യാപരിച്ചിരിക്കുന്നോ അത് ലൗകിക ദൃഷ്ടിയിൽ തീർത്തും അകർമ്മമാണ് ഈ ദൃഷ്ടിഭേദം നല്ലപോലെ ആലോചിക്കുക ഇങ്ങനെ വിവിധ തലങ്ങളിലൂടെ ചിന്തിച്ചു വെക്കൂ അതിസൂക്ഷ്മമാണ് ഗീതയിൽ ഇത്ര സൂക്ഷ്മമായ ഒരു ശ്ലോകം വേറെ ഉണ്ടോ എന്ന് സംശയം എടുട്ടോ ഇല്ല പറയുന്നത് നാലും അത്ര സൂക്ഷ്മമായ ഒരു ശ്ലോക ഭാഗമാണ് വളരെ സന്തോഷം നല്ലപോലെ മനനം ചെയ്യാം അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെ ചോദ്യം ചെയ്ത ബ്രാഹ്മണരോട് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് എന്നാണ് ഗുരുദേവൻ മറുപടി പറഞ്ഞത് എന്നാണ് പ്രചരിതമായത് എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ബ്രാഹ്മണ ശിവനെ അല്ല പ്രതിഷ്ഠിച്ചത് എന്നല്ലേ ഗുരുദേവൻ പറഞ്ഞത് ഇവ തമ്മിൽ വൈരുദ്ധ്യമില്ലേ എല്ലാവിധ ബന്ധനങ്ങളെയും അതിക്രമിച്ച മഹാത്മാവും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുദേവനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതാക്കി ഒതുക്കി കാണുന്നത് ശരിയാണോ ഗുരുദേവന്റെ അവതാര കാലഘട്ടത്തിൽ ഉദ്ധരിക്കപ്പെടേണ്ടത് ഈഴവ സമുദായമായതിനാലല്ലേ അദ്ദേഹം അവർക്കിടയിൽ പ്രവർത്തിച്ചത് ജന്മം കൊണ്ട് ഈഴവനായതുകൊണ്ടല്ലോ നാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള ഒരു ടി വി പരമ്പരയിൽ എന്റെ സമുദായം എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ ഗുരുദേവൻ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സമൂഹം ഇതിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കേണ്ടത് അനിവാര്യമല്ലേ ദുർഗ്രഹങ്ങളായ വേദാന്ത തത്വങ്ങളെ അതിലളിതമായി മലയാളത്തിൽ അനേകം കൃതികളെ കൊണ്ട് അവിടുന്ന് വിവരിച്ചു തന്നു ഈ അഹേതുകമായ കൃപയെ സമൂഹം എന്ന് തിരിച്ചറിയും തിരിച്ചറിയണമെങ്കിൽ ഗുരുദേവ കൃതികളെ ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്ന് സമൂഹം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള സ്ഥൂല പ്രസംഗങ്ങൾ നിർത്തി ഗുരുദേവ കൃതികളെ സൂക്ഷ്മമായി പഠിക്കുന്നു അന്ന് തിരിച്ചറിയും അല്ലാതെ തിരിച്ചറിയില്ല ഇനി ഈഴവ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച മഹാപുരുഷനായിരുന്നില്ല സാമൂഹികമായി പോലും ഗുരുദേവൻ പിന്നെ ഹിന്ദു സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ദുസ്ഥിതിയിൽ നിന്നുയർത്തുന്നതിന് എല്ലാ പ്രകാരവും പ്രവർത്തിച്ച മഹാപുരുഷനായിരുന്നു ഗുരുദേവൻ അതെ വളരെയധികം ആ കാലഘട്ടത്തെ പഠിക്കുക ഗുരുദേവൻ ചെയ്ത സംഭാവനകളെ പഠിക്കുക അക്കാലത്ത് മനുഷ്യരായിപ്പോലും മാനിക്കപ്പെടാതിരുന്ന അധകൃതരെന്ന് പറയപ്പെട്ട സമൂഹത്തിനെ ഉദ്ധരിക്കുന്നതിനുവേണ്ടി ശുഭാനന്ദ ഗുരുദേവൻ ചെയ്ത പരിശ്രമങ്ങളിൽ ശ്രീനാരന്ദ ഗുരുദേവന്റെ എത്ര വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല തിരുവനന്തപുരം രാജകൊട്ടാരത്തിലേക്ക് അക്കാലത്ത് അധികൃതരായി മാനിക്കപ്പെട്ടവരെയും കൊണ്ട് ഭജനയാത്ര നടത്തിയ ശുഭാനന്ദ ഗുരുദേവന് പിന്നിലുള്ള പ്രേരണാസ്രോത സാരായിരുന്നു പഠിക്കുക ഗുരുദേവനായിരുന്നു മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് പ്രത്യേകിച്ച് ആരംഭത്തിൽ കോട്ടയം ജില്ലയിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് എത്ര ചർച്ചകൾ ഗുരുദേവനുമായി ചെയ്തിട്ടുണ്ട് എൻ എസ് എസിന്റെ കോട്ടയം സമ്മേളനം നേരിട്ട് ഗുരുദേവൻ പോയി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതെന്തേ മറന്നോ ഇപ്പൊ എല്ലാ സമുദായങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ സംഘടിക്കുകയും സനാതനധർമ്മം എന്നുള്ള അടിത്തറയെ മറക്കാതെ ശക്തമാവുകയും ചെയ്യുക എന്നുള്ള സന്ദേശം ഗുരുദേവൻ നൽകി അതിൽ ഇഴവ സമൂഹത്തിനിടയ്ക്ക് ഗുരുദേവൻ കൂടുതൽ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഗുരുദേവന്റെ നേരിട്ടുള്ള ശിഷ്യന്മാര് നേരിട്ടുള്ള അന്തരംഗ ശിഷ്യന്മാര് ആരൊക്കെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൻ്റെ ക്രമം പറഞ്ഞാൽ അതിൽ പൂണൂലിട്ടാളും അതിൽ നായരും അതിൽ ഈഴവരും അതിൽ പട്ടരും നമ്പൂതിരിയും എല്ലാവരും ഉണ്ടായിരുന്നു അന്തരംഗ ശിഷ്യന്മാരിൽ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല എല്ലാവന്ന് മറക്കരുത് അരുവിപ്പുറം പ്രതിഷ്ഠ വലിയ ഒച്ചപ്പാടുണ്ടാക്കി സാന്ദർഭികമായി ഈ വർഷം വളരെ പ്രധാനമാണ് അരുവിപ്രദം അരുവിപ്പുറം പ്രതിഷ്ഠയുടെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികമാചരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കിയതിന്റെ തുടക്കമാണത് അരുവിപ്പുറത്ത് ഗുരുദേവന് ശിവനെ പ്രതിഷ്ഠിക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് ഒരു അത്യാവശ്യം മന്ത്രവാദവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വൈദ്യര് വളരെ വിഹ്വലനായി ഈ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഒരു മരത്തിന്റെ മോള് കയറിയിരുന്നു അത്ര വളരെയധികം അദ്ദേഹം അടുത്തു വന്നവരോടൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഇത് ഗുരുദേവന്റെ ചെവിയിലെത്തി അദ്ദേഹം പറഞ്ഞ ബ്രാഹ്മണർക്കെ പ്രതിഷ്ഠയ്ക്ക് അധികാരമുള്ളൂ ഇനി പറയട്ടെ ഇദ്ദേഹം ജാതി കൊണ്ട് ഈഴവനായിരുന്നു ഈ വൈദ്യർ ഇദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളും ഭയാ വാക്യങ്ങളുമൊക്കെ ഗുരുദേവന്റെ ചെവിയിലെത്തിയപ്പോൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞതാണ് അതിന് നാം ബ്രാഹ്മണ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിക്കുന്നത് എന്ന് ഞാൻ ഈഴവ ശിവനെ ആ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞിട്ടില്ല നിത്യചൈതന്യതി നിത്യചൈതന്യെ യതി പറയുകയല്ല പ്രസംഗിക്കുകയല്ല വ്യക്തമായി എഴുതിയിട്ടുണ്ട് ീഴ ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചതെന്ന് ഗുരുദേവൻ എവിടെയെങ്കിലും പറഞ്ഞു എന്ന് സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇനാം തരാം സമാനം തരാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിത്യദിനേത് എഴുതേണ്ടായിട്ടുണ്ട് ഇനിയിപ്പോന്നും പറഞ്ഞിട്ട് കാര്യം നിത്യനേതി ശരീരം ഉപേക്ഷിച്ചു പക്ഷെ അച്ചടിച്ചത് ഇന്നും ഉണ്ട് നിഷേധിക്കാൻ പറ്റില്ല ശ്രദ്ധിക്കുക സമാധി എന്നാൽ എന്താണ് സവികൽപ്പ സമാധി നിർവികൽപ്പ സമാധി ഭാവസമാധി ബീജസമാധി എന്നീ വിധത്തിൽ സമാധികൾ എന്താണെന്ന് വിശദീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു അറിയില്ലയേ സമാധി ഒന്നേ ഉള്ളൂ ഒന്ന് മാത്രം കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയായി ധ്യാതാവ് ധ്യേയം ധ്യാനം തുടങ്ങിയ ഭേദങ്ങൾ അസ്തമിച്ച് തന്നിൽ താനായി താനിരിക്കുന്ന അഥ പരബ്രഹ്മാത്മനാസ്ഥീയതാം ഇവിടെ പറഞ്ഞില്ലേ അതാണ് സമാധി അപ്പൊ പലചാരി സമാധികൾ പറയുന്നതോ അതൊക്കെ ശാസ്ത്രകാരന്മാര് പറയട്ടെ വിദ്വാൻമാര് തലനാരിഴ കയറി പരിശോധിക്കട്ടെ നമുക്ക് യാതൊരു താല്പര്യവുമില്ല സബീജം നിർബീജം സവികൽപ്പം നിർവികൽപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാൻ പോണോ സമാധി ഒന്ന് മാത്രം അതിനെ നിർവികൽപ്പെന്ന് വിളിച്ചോളൂ കാരണം സർവവികൽപ്പങ്ങളും അവിടെ ഒതുങ്ങിയതുകൊണ്ട് അതിനെ നിർബീജം എന്ന് പറഞ്ഞോളൂ കാരണം പ്രപഞ്ച വാസനയാകുന്ന അഥവാ ഈ സംസാരത്തിന്റെ ബീജം അവിടെ നിശേഷം നശിച്ചതുകൊണ്ട് മാറ്റതൊന്നും സമാധിയല്ല അത് സാധകന്റെ ഉയർച്ചയുടെ ഘട്ടങ്ങളെ പല പേരിൽ വിളിക്കുന്നു എന്ന് മാത്രം അത് യോഗസാധകന്മാര് യോഗശാസ്ത്രത്തിലൊക്കെ അങ്ങനെ പലതും വിളിക്കും അത് നമുക്ക് അശേഷം താല്പര്യമില്ല സമാധി ഒന്ന് മാത്രം നിർവീജെന്ന് പറഞ്ഞോളൂ നിർവികൽപ്പെന്ന് പറഞ്ഞോളൂ എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ ധ്യാതൃധ്യാനെ പരിത്യജ്യ ക്രമാധ്യൈക ഗോചരം നിവാതീപവചിത്തം സമാധിരഭിധിയതേ ധ്യാതാവ് ധ്യാനം എന്നിവയൊക്കെ അതിക്രമിക്കപ്പെട്ട് കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന കാറ്റില്ലാത്തിടത്ത ദീപം പോലെയുള്ള അന്ധകരണത്തിൻ്റെ അവസ്ഥയാണ് സമാധി അഥവാ സക്കല ചിത്തവൃത്തികളും തന്നെ ഏതൊന്നിൽ സമാധാനത്തെ പ്രാപിക്കുന്നുവോ ആത്മസ്വരൂപമാണ് സമാധി ആ ആത്മസ്വരൂപ ബോധത്തിൽ തന്നെ ഇരിക്കുന്ന വിജ്ഞാനിയുടെ അവസ്ഥയാണ് സമാധി അതിനാണ് നമ്മളിവിടെ അവസാനം പറഞ്ഞത് അഥ പരബ്രഹ്മാത്മന സ്ഥീയത എന്ന് ഒരു സാധകന്റെ യാത്രയിൽ വരാവുന്ന വിഘ്നങ്ങൾ എന്തെല്ലാമാണ് അയ്യോ അത് പറയാൻ പറ്റില്ല ഏതാ ചോദിച്ചാൽ അത് സ്പഷ്ടായി പറയാം അല്ലാതെ വിഘ്നങ്ങൾ എന്ന് പൊതുവെ പറയാൻ പറ്റില്ല പലതും ആവാം അഹങ്കാരാവാം പല പ്രലോഭനങ്ങളിൽ വീണു പോണതാവാം ചില സിദ്ധിവിശേഷങ്ങളിൽ വീണു പോണതാവാം അഥവാ മാർഗത്തെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കുന്നതാവാം അഥവാ സാധനാക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന പല ചമൽക്കാരങ്ങളിലും കുടുങ്ങിപ്പോയി അങ്ങനെ കഴിഞ്ഞുകൂടുന്നതാവാം എന്താ പറയാൻ വയ്യ ൊക്കെ വിഘനങ്ങളാവാം ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകുന്നതാവാം ഇന്നതെന്ന് പറയാൻ വയ്യ ഒട്ടനവധി വീഴ്ചകൾ വരാം പക്ഷെ ഒന്ന് മാത്രം പറയട്ടെ ഉറച്ച ലക്ഷ്യബോധമുണ്ടെങ്കിൽ ശാസ്ത്രത്തെ സമാശ്രയിക്കുന്നുണ്ടെങ്കിൽ ഒരു പതനവും സംഭവിക്കില്ല എന്ത് പതനവും സംഭവിച്ചാലും അവിടെ നിരുന്നേറ്റ് നേരെയായിക്കോളും ഉറച്ച ലക്ഷ്യബോധം സദാ ശാസ്ത്രത്തെ സമാശ്രയിക്കുക എന്നത് ഇതാണ് മാർഗം അല്ലാതെ പതനങ്ങളെ വേർതിരിച്ച് പറയാൻ പുറപ്പെട്ട് കഴിഞ്ഞ് അനവധി ഉണ്ടാവാം ഒരുപാട് സാധ്യതകളുണ്ട് എന്തൊക്കെയാ പടില്ലാത്തത് കാരണം കുറച്ച് സാധനാ മാർഗത്തിൽ ശാസ്ത്ര വിചാരമാർഗത്തിലൊക്കെ സൂക്ഷ്മമായി പോകുമ്പം തന്നെ സ്വാഭാവികമായി മഹിമകൾ പലതും വന്നു ചേരും മഹിമകളെ കാണുമ്പോൾ ലോകം ആദരിക്കും ലോകത്തിന്റെ ആദരവ് ഏറ്റവും വലിയ പതന കാരണമാണ് നാലാൾ വന്ന് നമസ്കരിക്കുമ്പോ പത്തുപേര് വന്ന് ദക്ഷിണ തരുമ്പോ പതന സാധ്യത ഉറപ്പാണ് അത് ഓർമ്മയില്ലെങ്കിൽ വഴിയെ ലക്ഷ്യമായി കണക്കാക്കും പലപ്പോഴും മാർഗതലത്തിൽ വരുന്ന ചമൽക്കാരങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെ മഹിമയായിട്ട് സ്വയം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അത് വലിയ വീഴ്ചയാണ് അതിനെ തിരുത്താൻ ആർക്കോട്ട് കഴിയുകയില്ല അത് വലിയ പ്രശ്നമാണ് പിന്നെ സാധനാ മാർഗത്ത് പോകുമ്പോണ്ടാവുന്ന സിദ്ധിവിശേഷങ്ങൾ അല്ലെങ്കിൽ ആലസ്യം പ്രമാദം തുടങ്ങിയവ വന്ന് സാധനാക്രമത്തിൽ നമ്മൾ പിന്തിരിയുന്നത് ഉറച്ച ലക്ഷ്യബോധത്തിൽ വ്യതിചലനം വരുന്നത് ഇങ്ങനെ നിരവധി വിഘ്നങ്ങളുണ്ട് എന്നാൽ ഒറ്റവാക്കിൽ മറുപടി പറയാം ശാസ്ത്രനിഷ്ഠയും ഉറച്ച ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അവയെ മുഴുവൻ അതിക്രമിക്കാൻ സാധിക്കും സംശയമില്ല വളരെ സന്തോഷം തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ श्री ഗുരവേ നമ